ഭഗവാനെ ഭക്തിയോടെ ഭജിക്കാം പ്രേമപൂർവമുള്ള ഭഗവത് ഭജനം നിഷ്കാമ്യമായ ഭക്തി അങ്ങനെയുള്ള ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമായി ഭഗവത് തത്വജ്ഞാനം ഉണ്ടാവും ഇത് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഭാഗവതം ആരംഭിക്കുമ്പോഴേ ചിത്തശുദ്ധിയുള്ള ആൾക്ക് ഭഗവത് തത്വജ്ഞാനം ഉണ്ടാവുന്നു എന്ന് സൂതമഹാമുനി പറഞ്ഞു അതേപോലെ ഗീതയിലും ഭഗവാൻ ഭക്യാ മാം അഭിജാതി യാവാൻ യശാസ്മി തത്വ തോമാം തത്വത്തോ ജ്ഞാ വിശത്തെ തദനന്തരം ഭക്തി കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായി ഭക്തി ഭഗവാനെ ആദ്യമൊക്കെ കാമ്യമായിട്ട് ഭജിക്കും അത് ലോകസാധാരണമാണ് അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്വീകരിച്ചിരിക്കുന്നു ആർത്തോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനീജ ഭരദർശഭാം ഭക്തി ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് മാറിക്കിട്ടാനായിട്ടോ ആദ്യം ലോകത്തിലുള്ളവരെയൊക്കെ സമീപിക്കും അവിടെയൊക്കെ പരാജയപ്പെടുമ്പോ ഭഗവാനെ സമീപിക്കും അതൊരു വഴിയാ അതിനെ നിഷേധിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഈ ജീവൻ നമ്മളൊക്കെ അങ്ങനെ വന്നവരാ അപ്പോ അങ്ങനെ ഭഗവത് ഭക്തി ചെയ്ത് ഭഗവാനോട് ജീവൻ പ്രാർത്ഥിച്ച് ക്രമേണ കാരണമില്ലാത്ത ഒരു പ്രേമം അതായത് ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല കാരണമില്ലാത്ത ഒരു പ്രിയം ഏർപ്പെടുന്നു അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പൊ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു അവിജ്ഞാത സഖ എന്ന് പറഞ്ഞു ഭഗവാന്റെ സഖാവാണ് ആ സഖാവിനെ കൂട്ടുപിടിക്കുന്നത് അതാണ് വിജയസഖേരധിരസ്തുമേ അനവദ്യ എന്ന് പറഞ്ഞു വിജയസഖ അർജുനൻ ഭഗവാനെ സഖാവായിട്ട് കൂട്ടുപിടിച്ചു അതുപോലെ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് ഭഗവാൻ നമ്മളുടെ കൂടെ നടക്കണമെങ്കിൽ എന്താ വഴി ഭാഗവതത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു ഉദ്ധവരോട് നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമി അഹം നിത്യം പൂയേയേതി അഘ്രിരേണുഭിഹീ യാതൊന്നും ആഗ്രഹിക്കാതെ പരമപ്രശാന്തമായ ഹൃദയത്തോടുകൂടെ സമദർശിനം ജഗത്തിലെല്ലായിടത്തും ഭഗവാനെ കണ്ടുകൊണ്ട് സ്വതന്ത്രനായി സഞ്ചരിക്കുന്ന മുനിയുടെ പുറകെ ഞാൻ നടക്കണു എന്നാണ് ഭഗവാൻ പറയണത് അയാളുടെ കൂടെ ഞാനുണ്ടാവും എന്തിനാപ്പൊ ഭഗവാനെ അയാളുടെ പുറകെ നടക്കണമെന്ന് വെച്ചാൽ അയാൾ ചവിട്ടുന്ന ഭൂമിയിലാ മണ്ണ് തൊട്ടുവെച്ച് എന്റെ ശരീരം ഒന്ന് ശുദ്ധമാക്കാനാണ് ഭഗവാൻ അല്പം ഒന്ന് പരിശുദ്ധി വേണോ അത്രയും അതോരാഗ്രഹമില്ലാത്ത ഭക്തൻ ഭഗവാൻ പറയണത് എന്നേക്കാളും മേലെയാണ് അങ്ങനെയുള്ള ഭക്തനെ ഞാൻ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അവര് ഭഗവാനെ പിടിച്ചു കഴിഞ്ഞു പക്ഷെ അതിനു മുമ്പൊരു അവസ്ഥയുണ്ട് അത് വളരെ ഉയർന്ന അവസ്ഥയാണ് യാതൊരാഗ്രഹവുമില്ല യാതൊരു കാമനയും ഇല്ലാത്ത സ്ഥിതി അതിനു മുമ്പുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് അനേക ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഭഗവാനെ കൂട്ടുപിടിക്കുന്നു ഭഗവാനെ കൂട്ടുകാരനായി സദാ കൂടെ വെച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അർജുനൻ ചെയ്തത് അതാണ് അർജുനന്റെ ഭക്തി ഹൃദയശുദ്ധി വന്നിട്ടുണ്ട് ഭഗവാനെ വിടാതെ പിടിച്ചിരിക്കുന്നു എന്ത് വിഷമമുണ്ടെങ്കിലും ഭഗവാനെ സമീപിക്കും മറ്റുള്ളവരെ എല്ലാം ഭഗവാനെ സമീപിക്കും അപ്പൊ അത്തരത്തിൽ ഒരു ഘട്ടത്തില് ഭഗവാൻ ഈ ജീവന് സദാ തുണയായിട്ട് കൂടെ ഉണ്ട് വഴികാട്ടിയായിട്ട് കൂടെ ഉണ്ട് വേണ്ടാത്ത സമയത്തൊന്നും ഉപദേശിക്കില്ല വേണം എന്ന് തോന്നുമ്പോ ഏത് സമയത്തിലാണോ ഉപദേശം വേണ്ടത് അപ്പോ ഉപദേശിക്കും എല്ലാരും നമ്മളൊക്കെ അർജുനന്മാരാണോ നമ്മളുടെ കൂടെ കൃഷ്ണനും ഉണ്ട് ഈ ശരീരമാവുന്ന തേരില് ഹൃദയസ്ഥാനത്തിലുണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കണം ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം വർത്തമാനം പറയാത്തത് ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു അതുകൊണ്ട് കൃഷ്ണൻ വർത്തമാനം പറഞ്ഞില്ല രണ്ടാമത്തെ അധ്യായത്തിൽ കുറച്ചൊന്ന് നിർത്തിയപ്പോ ഭഗവാൻ വർത്തമാനം പറഞ്ഞു ഇപ്പൊ നമ്മളുടെ മനസ്സ് സദാ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഉള്ളിലുള്ള ഹൃദയസ്ഥാനത്തിലുള്ള ആ പാർത്ഥസാരഥി വർത്തമാനം പറയണത് കേൾക്കാൻ വയ്യ ഒരാളൊരു ഡെഫനേഷൻ കൊടുത്തു വളരെ മനോഹരമായിട്ട് പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ എന്താ വ്യത്യാസം എന്നാണ് വളരെ മനോഹരം അദ്ദേഹം പറഞ്ഞു വെൻ യു സ്പീക്ക് ആൻഡ് ഹി ലിസൺ ഇറ്റ് ഇസ് പ്രയർ വെൻ ഹി സ്പീക്സ് ആൻഡ് യു ലിസൺ ഇറ്റ് ഇസ് മെഡിറ്റേഷൻ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ ഇപ്പൊ പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ എന്താ ഭഗവാനോട് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞു തുടങ്ങണം അദ്ദേഹം വർത്തമാനം പറഞ്ഞു തുടങ്ങുമ്പോ അതാണ് ഭഗവത്ഗീത അതാണ് ഗീത ഹൃദയത്തില് ഓരോരുത്തരും ഈ ഗീതയെ കേൾക്കണം അവരവരുടെ ഹൃദയത്തില് പുസ്തകം പഠിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവസാനം ഉള്ളിൽ നിന്ന് ഗീത കേൾക്കണം ഭഗവത്ഗീത കേൾക്കണം ഇന്നലെ നമ്മള് കണ്ടു തേർക്കളത്തിൽ പോർക്കളത്തിൽ പോർക്കളത്തിൽ രഥം കൊണ്ടുവന്ന് നിർത്തി അർജുനൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ധർമ്മമൊക്കെ ഉപദേശിച്ചു ഭഗവാന് അല്പം ഒരു ജ്ഞാനം അർജുനം കൊടുത്തു അർജുനന്റെ വകയായിട്ട് ധർമ്മോപദേശം കൃഷ്ണന് ഈ യുദ്ധം ചെയ്താൽ പാപം വരും ആ പാപത്ത് നിന്ന് അധർമ്മം ഉണ്ടാവും അധർമ്മം ഉണ്ടായാൽ സ്ത്രീകളൊക്കെ നശിക്കും കുലം നശിക്കും ഇത്തരം അഹോപത മഹത്പാപം കർത്തും വ്യവസിതാവയം രാജ്യസുഖലോപേന് ഹന്തും സ്വജനമുദ്യതാഹ സ്വജനങ്ങളെ കൊല്ലാനായിട്ട് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് മഹാപാപം എന്നൊക്കെ പറഞ്ഞു പല കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞ് അവസാനം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് വിസർജ്യ സശരം ചാപം ശോക സംവിഘ്ന മാനസഹ ശോകം ഇതാണ് കർമ്മവീരനാണ് അർജുനൻ വളരെ ഇൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾ ലോകത്തിൽ എന്തും നേടിയെടുക്കാൻ കഴിവുള്ള ആൾ അങ്ങനെയുള്ള ആൾക്ക് തത്വജ്ഞാനമില്ലെങ്കിൽ അവസാനം ഇതുപോലെ കർമ്മങ്ങളൊക്കെ നിർത്തിവെച്ച് ശോകത്തിലാണ്ട് ഇരിക്കേണ്ടി വരും സകല അനർത്ഥങ്ങളും അയാളുടെ ഉള്ളിലുണ്ടാവും ആചാര്യസ്വാമികൾ ഒരിടത്ത് ഭാഷ്യത്തിൽ പറയുന്നു അപ്രാപ്ത അശേഷ പുരുഷാർത്ഥ പ്രാപ്ത അശേഷ അനർത്ഥ പുരുഷാർത്ഥമൊന്നും ഉണ്ടായൂല്ല സകല അനർത്ഥങ്ങളും ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ശോകം വരുമ്പോ അജ്ഞാനം കൊണ്ട് ശോകം ശോകം കൊണ്ട് ബുദ്ധി അങ്ങോട്ട് മറച്ചപ്പോ തൃപ്തിയില്ല ശാന്തിയില്ല പൂർണ്ണതയില്ല പക്ഷേ ഇവിടെ അർജുനന് കൂട്ടായിട്ട് ഭഗവാനുണ്ട് ഭഗവാന്റെ മുമ്പിലാണ് ഈ വ്യാധി തല പുറത്ത് കിട്ടത് ഇത്രയും പറഞ്ഞ് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു ബില്ലു അമ്പും ഒക്കെ വെച്ച് രഥത്തട്ടിലങ്ങടി ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ് തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം ക്യം ഉവാചമധുസൂദന സഞ്ജയന്റെ വാക്ക് പ്രധാന ശ്ലോകങ്ങളൊക്കെ ഞാൻ ചൊല്ലിത്തരാം അത് തിരിച്ചു ചൊല്ലാം ഈ ഇൻട്രഡക്ഷറി ഇൻട്രഡക്ഷനിലുള്ള ഈ ശ്ലോകങ്ങളൊക്കെ കടന്നു പോവാം നമുക്ക് തം തഥാ കൃപയാവിഷ്ടം അർജുനനിൽ കൃപ ആവേശിച്ചു തന്റെ ജനങ്ങളെയൊക്കെ ആളുകളെയൊക്കെ കണ്ടപ്പോ തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടപ്പോ അർജുനൽ അസ്ഥാനത്തില് ഒരു കൃവയുണ്ടായി അശ്രുപൂർണ്ണ ആകുലക്ഷണം പെണ്ണങ്ങളെ പോലെ കണ്ണ് കരഞ്ഞുകൊണ്ടിരിക്കുക പുരുഷകേസരിയായ അർജുനൻ അശ്രുപൂർണ്ണ ആകുലക്ഷണം വിഷീദന്തം വിഷമിച്ചുകൊണ്ടിരിക്കുക ഇതം വാക്യമുവാച്ച മധുസൂദന മധുസൂദനനായ ഭഗവാൻ ഈ വാക്യം പറഞ്ഞു മധുസൂദനൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം മധു കൈടവന്മാരില് മധു എന്ന അസുരനെ കൊന്നവൻ മധുസൂദനൻ അല്ലെ ഇപ്പൊ മക്കൾക്ക് മധുസൂദനൻ പേര് വെച്ചിട്ട് മധു മധു എന്ന് വിളിക്കാൻ പാടുവോ അർത്ഥം വിപരീതമായിട്ട് പോവും മധുസൂദനൻ പേര് വെച്ചിട്ട് മധു മധു എന്ന് വിളിച്ചാൽ ചിലപ്പോ അവർക്ക് മധുവിന്റെ സ്വഭാവമാണെങ്കിൽ വേണ്ടില്ല അപ്പോ ഇതം വാക്യം ഉവാച മധുസൂദന മധുസൂദനൻ ഇങ്ങനെ പറഞ്ഞു രണ്ട് ഇതിലിവിടെ ഒന്നും ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം എഴുതിയില്ല ഇതിനൊന്നും കമൻട്രിയില്ല ഇനി വരാൻ പോകുന്ന അശോച്യാനന്വശോചസ്വം എന്നുള്ള ശ്ലോകത്തിന് മുതലാണ് ഭാഷ്യം അർജുനൻ കരഞ്ഞ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് വിഷമേ സമുപസ്ഥിതം ഈ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട മനസ്സിന് രണ്ട് സ്വഭാവമാവുള്ളത് യോഗികൾ അതിനെ നിർവചിച്ചിരിക്കുന്നത് വിഷമസ്ഥിതിയും സമസ്ഥിതിയും മനസ്സിന് രണ്ട് സ്വഭാവം ഒന്ന് വിഷമസ്ഥിതി ഒന്ന് സമസ്ഥിതി വിഷമസ്ഥിതി എന്ന് വെച്ചാലോ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി വിഷമസ്ഥിതി തന്നെ രണ്ടായിട്ട് പിരിയും എന്താണെന്ന് വെച്ചാൽ സദാശപലമായിട്ട് വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വിഷമം ആ വിചാരങ്ങളിലേക്ക് പോവുക അല്ലെ നമ്മളുടെ മനസ്സ് വേണം എന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും ഉള്ളിലിങ്ങനെ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇതിനാണ് വിഷമസ്ഥിതി എന്ന് പറയണത് അത് വിഷമാണല്ലോ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ ഒരു മെക്കാനിസം ഇല്ല അല്ലേ വേണമെങ്കിലും വേണ്ടെങ്കിലും വർത്തമാനം പറയണോ മനസ്സ് അല്ലെ ഇപ്പോ പ്രഭാഷണം ഇവിടെ ഗീത കേൾക്കാനിരിക്കുന്നു കേട്ടാ പോരേ ഒരു കാൽഭാഗം മനസ്സ് കേൾക്കും ഒരു കാൽഭാഗം മനസ്സ് വീട്ടില് ഒരു കാൽഭാഗം മനസ്സ് വേറെ എവിടെയോ രാഷ്ട്രീയത്തിലോ എലക്ഷനിലോ ഒരു കാൽഭാഗം മനസ്സ് വേറെ വല്ല സ്ഥലത്ത് നാലായിട്ട് പിരിച്ച് നാല് വശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇതാണോ വിഷമസ്ഥിതി എന്ന് പറയണത് മനസ്സിൽ കേടുവന്ന റേഡിയോ ആണ് എനിക്ക് എപ്പോഴും ഉദാഹരണം തോന്നുന്നത് ഒരു സ്റ്റേഷൻ വെച്ചാൽ ചില റേഡിയോ ഒക്കെ ഇപ്പൊ റേഡിയോ തന്നെ ആരും വെക്കണില്ല ഒരു സ്റ്റേഷൻ വെച്ചാൽ തൃശൂർ സ്റ്റേഷനാണോ വെക്കണതെങ്കിൽ പുറകെ കൂടെ കോയമ്പത്തൂർ കേൾക്കും അതിന് പുറകെ കൂടെ ബി ബി സി കേൾക്കും അതിന് പുറകെ കൂടെ അടുത്ത വീട്ടിൽ മിക്സി ഓൺ ചെയ്താൽ അതും കേൾക്കും ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു അത് ഓഫ് ചെയ്ത് വെച്ചാലും പാട്ടുപാടും നമ്മളുടെ മനസ്സ് അതുപോലെയാണ് അതിനെ ഓഫ് ചെയ്ത് വെക്കാൻ ഒരു മെക്കാനിസം ഇല്ല അതെന്ത് ചെയ്താലും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ചലിച്ചുകൊണ്ടേയിരിക്കും വേണോ വേണ്ടയോ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉറങ്ങുമ്പോഴും അതുകൊണ്ട് ചിത്തവൃത്തികൾ ഉണ്ടാവുന്നു അതിനെ നമ്മൾ സ്വപ്നം എന്ന് വിളിക്കും അല്ലേ നമ്മുടെ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ഭഗവാനെ ഉറക്കത്തിൽ വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണുന്നു അതിനെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ചോദിച്ചു മഹർഷി പറഞ്ഞു ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണാതിരുന്നാൽ ഉറങ്ങുമ്പോഴും സ്വപ്നം കാണില്ല ഈ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കണ്ട് കണ്ട് കണ്ട് കണ്ട് ഉള്ള ഹാബിറ്റ് മനസ്സിനുണ്ടായതുകൊണ്ടാണ് ഉറങ്ങുമ്പോഴും സ്വപ്നം ധാരാളം കാണുന്നത് ഇന്നത്തെ മോഡേൺ സൈക്കോളജിസ്റ്റൊക്കെ പറയണത് സ്വപ്നം കാണാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഒരു ഒരു ലെവൽ വില ശരിയായിരിക്കാം പക്ഷേ യോഗികൾ പറയണത് എന്ന് വെച്ചാൽ യോഗികൾ എന്ന് വെച്ചാൽ അടയോഗികളുടെ കാര്യമല്ല പറയണത് വാസനാശൂന്യമായ മനസ്സിൻ്റെ സ്ഥിതി കണ്ടവർ സ്വപ്നം കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സ്വപ്നം കാണാൻ കാരണം സങ്കൽപ്പിച്ചിട്ടുള്ള ഹാബിറ്റാണ് സങ്കല്പം കുറയും തോറും സ്വപ്നവും കുറയും അനാവശ്യമായി സ്വപ്നമൊന്നും ഉണ്ടാവില്ല മനസ്സിന് ഈ വിഷമസ്ഥിതി അതായത് മനസ്സ് നമ്മളുടെ കയ്യിൽ ഒരു അല്ല അത് സ്വതന്ത്രമായ ഒരു വസ്തു അത് സ്വതന്ത്രമായി പ്രവർത്തിക്കണു സ്വതന്ത്രമായി ചിത്രങ്ങൾ കൊണ്ടുവരുന്നു ഭാവനകൾ കൊണ്ടുവരുന്നു സ്വന്തമായ പ്രവർത്തന രീതി ഒരു സ്വാമി പറയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ശിഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ സ്വാമിയോട് പറഞ്ഞു അത്ര എനിക്ക് വിശക്കണോ വിശക്കണോ വിശക്കണോ അപ്പൊ സ്വാമി പറഞ്ഞു നിവൃത്തിയൊന്നുമില്ല അടുത്ത ശേഷം വരെ വിശപ്പാണ് അപ്പൊ ഇനിയിപ്പോൾ വേണമെങ്കിൽ തനിക്ക് ഞാനൊരു ധ്യാനം പറഞ്ഞു തരാം കണ്ണടച്ചിരുന്നിട്ട് നല്ല സദ്യശാപ്പാട് ശാപ്പിടുന്ന പോലെ എല്ലാ വിഭവങ്ങളോടുകൂടി ശാപ്പാട് കഴിക്കണ പോലെ അങ്ങനെ ധ്യാനിക്കാം ധ്യാനത്തിലും പെശുക്കൊന്നും കാണിക്കേണ്ടല്ലോ എന്തൊക്കെ ഇഷ്ടമോ അതൊക്കെ അതൊക്കെ മുമ്പിൽ ഇലയിൽ നിരത്തിയിരിക്കുന്നതായിട്ട് കണ്ടോളുക ഊണ് കഴിക്കുന്നതായിട്ട് ഭാവന ചെയ്തോളാം എന്ന് പറഞ്ഞത്ര ശിഷ്യൻ പറഞ്ഞ ഉടനെ അനുസരിച്ചു ചമ്പരം പടിഞ്ഞിരുന്നു ട്രെയിനിൽ തന്നെ കണ്ണടച്ചിരുന്ന് ഭാവന ചെയ്യാൻ തുടങ്ങി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോ സ്വാമി തട്ടി വിളിച്ചു ചോദിച്ചു എന്തടാ മിളക് കടിച്ചു ഭാവനയിലും മിളക് കടിക്കണം ഭാവനയിൽ എന്തിനാ മിളക് കടിക്കണത് ഭാവനയിൽ സ്വതന്ത്രമായിട്ട് കഴിച്ചാ പോരെ ഭാവനയിൽ മിളക് കടിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഭാവനയെ അങ്ങോട്ട് അഴിച്ചു വിട്ടപ്പോ അത് സ്വതന്ത്രം അത് മിളക് കടിക്കും വിഷമിപ്പിക്കും എല്ലാം ഉണ്ടാവും സ്വതന്ത്രം അപ്പൊ മനസ്സ് നമ്മളുടെ കയ്യിലില്ലാത്ത സ്ഥിതിയെ വിഷമസ്ഥിതി എന്ന് പറയും വിഷമസ്ഥിതി തന്നെ രണ്ടു വിധത്തിൽ ഒന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അതിനെന്തെങ്കിലുമൊക്കെ അറിയണം ക്യൂരിയോസിറ്റി അതുകൊണ്ടാണ് ജിജ്ഞാസ എല്ലാം അടുത്ത വിട്ടിരത്തെ കാര്യം മറ്റേ കാര്യം മറിച്ച കാര്യം എല്ലാം അറിയണം ലോകത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അറിയണം അതിന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ ഗീത കേൾക്കാൻ വന്നിരിക്കുന്നത് എന്താ മനസ്സിന് എന്തോ പുതിയതായിട്ട് വല്ലതും അറിയണം അതോ നോട്ട് ബുക്ക് പെന്നുമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വരുന്നു പുതിയതായിട്ട് എന്തെങ്കിലും അറിയണം എന്നിട്ട് കുറേ നേരം ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ടിപ്പൊ ഞാൻ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വെച്ചോളൂ ചോട്ടിലേക്കേ വന്നിട്ടില്ലെങ്കിൽ ഒന്നും പിടി കിട്ടിയിട്ടില്ലെങ്കിൽ പത്തൊക്കെ കണ്ണിങ്ങനെ പോകും കഴിഞ്ഞു അടുത്ത അടുത്ത ഇരിക്കുന്ന ആളുടെ തോളിലേക്ക് ഇത് രണ്ടാമത്തെ സ്ഥിതിയാണ് മനസ്സ് ഒന്നിൽ ചിന്തിക്കും മനസ്സിലാക്കണം എന്തെങ്കിലും അറിയണം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഗ്രാസ്പിംഗ് അതിനാണ് മേയം എന്ന് പറയുക മേയം എന്ന് വെച്ചാൽ അളക്കുക മീയതേ അളക്കുന്നു എന്നാണ് അളക്കുക മനസ്സിന്റെ സ്വഭാവമാണ് ഈ അളക്കുക അതെല്ലാം അളക്കുക എല്ലാത്തിനെയും തൻ്റെ ഉള്ളിലേക്ക് ഒതുക്കുക ഇപ്പോ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒതുങ്ങും പായസം എന്ന് പറഞ്ഞാൽ ഒതുങ്ങും കടുവുമാങ്ങ എന്ന് പറഞ്ഞാൽ ഒതുങ്ങും ഞാൻ ബ്രഹ്മം എന്ന് പറയുന്നു സച്ചിദാനന്ദം എന്ന് പറയുന്നു അഖണ്ഡബോധവസ്തു എന്ന് പറയുന്നു ചൈതന്യം എന്ന് മനസ്സിന് പിടികിട്ടില്ല അപ്പൊ മനസ്സ് എന്ത് ചെയ്യും അതിങ്ങനെ ശ്രമിച്ചു നോക്കും പിടിക്കാം കുറേ നേരം ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ ഒന്നും പിടികിട്ടാതെ ഉറങ്ങിപ്പോകും മനസ്സിന് ഭാവന ചെയ്യാൻ കഴിയാത്ത വാക്കുകളാണെങ്കിൽ ഉറങ്ങിപ്പോകും ഈ ഉറങ്ങുന്നത് ലയം വിഷമത്തിൻ്റെ രണ്ട് ഭാഗമാണ് വിക്ഷേപവും ലയവും മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കും ഭാവന ചെയ്യും ഒക്കെ ചെയ്യും ആ മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചാൽ അതുകൊണ്ടാണ് പലരും ധ്യാനിക്കാനിരിക്കുമ്പോഴോ ജപിക്കാനിരിക്കുമ്പോഴോ ഉറങ്ങിപ്പോണത് അവർക്ക് ചിന്തിച്ചേ പരിചയമുള്ളൂ ചിന്തയിൽ നിന്നും മടക്കി വിളിച്ചാൽ അടുത്ത പരിപാടി ഉറക്കം നിദ്ര മനസ്സ് ചിന്തിക്കാതെയും ഇരിക്കണം ഉറങ്ങാതെയും ഇരിക്കണം ഉണർവോടെ ചിത്തവൃത്തികളില്ലാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കു പേരാണ് സമസ്ഥിതി ഭഗവാൻ ഇനി അതിനെ ഗീതയിൽ പറയാൻ പോകും ചിത്തവൃത്തികളില്ല പക്ഷെ ഉറങ്ങുന്നുമില്ല അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത ഉറങ്ങണില്ല എന്നാലോ ചിത്തവൃത്തികളുമില്ല അലേർട്ടായിട്ടിരിക്കും ജാഗ്രതയോടെ ഇരിക്കും ഉണർവോട ഇരിക്കുന്നു ഫ്രഷായിട്ടിരിക്കുന്നു ആ സ്ഥിതി സമസ്ഥിതി യോഗസ്ഥിതി ആ യോഗസ്ഥിതിയിൽ നിന്ന് ചലിച്ച മനസ്സാണ് വിഷമം അതിൽ വളരെയധികം വിക്ഷിപ്തമായ സ്ഥിതിയാണ് വിഷാദം എന്നുവെച്ചാൽ പിടിവിട്ടുപോയി എന്നർത്ഥം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിഷാദം വിഷാദം ഒരു ലിമിറ്റിന് മേലെ പോയാൽ നമ്മൾ എന്ത് പറയും ഭ്രാന്തം എന്ന് പറയും ഭ്രാന്തനും സാധാരണ ആളുകൾക്കും എന്താ വ്യത്യാസം ഭ്രാന്ത് ലിമിറ്റിന്റെ ഉള്ളിൽ നിന്നാൽ സാധാരണ മനുഷ്യൻ ലിമിറ്റിന് മേലെ പോയാൽ അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു അല്ലേ ഭ്രാന്തനും നമുക്കും സാധാരണ ആളുകൾക്കും അധികപ്പെട്ട ആളുകൾക്കും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അയാൾ ഉള്ളിൽ വരുന്നതൊക്കെ പുറത്ത് പറയണു മറ്റുള്ളവർ പറയണില്ല ഉള്ളൂ നമ്മൾ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് പറഞ്ഞാൽ നമ്മൾക്കും നമ്മളുടെ ഉള്ളിൽ ഭ്രാന്ത് ഉണ്ടെന്ന് അറിയാം പറയണില്ല ഉള്ളൂ അയാളൊക്കെ പുറത്തേക്ക് വിടണം അയാളുടെ ലിമിറ്റ് കടന്നുപോയി ഭ്രാന്ത് അപ്പോ അത് വിഷാദമാണ് വിക്ഷിപ്തമായ സ്ഥിതിയാണ് ഇവിടെ അർജുനന്റെ സ്ഥിതി വിഷാദ സ്ഥിതിയിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അപാരമായ ദുഃഖം അപാരമായ ദുഃഖം തന്റെ ബന്ധുക്കളെയൊക്കെ താൻ കൊല്ലണം ഇത് തനിക്ക് താൻ അതിനാളാവണം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ്ണ ആകുലക്ഷണം കണ്ണൊക്കെ കലങ്ങി ചുവന്നു പോയിരിക്കുന്നു വിശീദന്തം വിഷമിക്കുന്നു ഇതം വാക്യമുവാച്ച മധുസൂദന അങ്ങനെ കരഞ്ഞ് വിഷമിച്ച ആകുല ചിത്തനായിട്ട് ചപ്പല ചിത്തനായിട്ടിരിക്കുന്ന അടുത്ത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ ഇങ്ങനെയാ പറഞ്ഞത് അർജുന തനിക്ക് വിഷമാണെങ്കിൽ യുദ്ധം ചെയ്യേണ്ട വീട്ടിൽ പോയി ഇരുന്നോളൂ കുറച്ചു ദിവസം ഉറങ്ങാം അല്ലാ ഇപ്പൊ സന്യാസമാണോ എടുക്കേണ്ടത് എന്നാൽ സന്യാസം എടുത്തോളൂ സന്യാസത്തിന് ആളെയോ കിട്ടണില്ല കിട്ടണ ആളെ സന്യാസിപ്പിക്കുക അതാണ് ഇപ്പൊ സമ്പ്രദായം എന്തെങ്കിലുമൊക്കെ ഭഗവാൻ പറയേണ്ടതല്ലേ ഭഗവാൻ ഇവിടെ നിൽക്കുന്നത് തോത്രവേത്രയികപാണരെ എന്നാണ് കയ്യിൽ ചൂരൽ വടിയും വെച്ചുകൊണ്ടാണ് നിൽക്കണത് കൊടുത്തു രണ്ടു പെട അതാണ് അടുത്ത രണ്ടു ശ്ലോകവും അർജുനന് കൊടുത്ത പെടയാണ് ഉപദേശമല്ല പക്ഷെ വിവേകാനന്ദ സ്വാമികൾ പറയും ഈ രണ്ട് ശ്ലോകത്തിൽ ഗീതയുടെ സാരം മുഴുവൻ അടങ്ങിയിരിക്കണമെന്ന് ഈ ആദ്യത്തെ രണ്ട് ശ്ലോകം ഭഗവാൻ പറയണ രണ്ട് ശ്ലോകം അതിൽ തത്വോപദേശമൊന്നുമില്ല പുറമേക്ക് നോക്കിയാൽ തത്വോപദേശമൊന്നുമില്ല പക്ഷേ അത് വളരെ ശക്തമായ വാക്കുകളിൽ രണ്ട് പെട വെച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക് അർജുന അടുത്ത രണ്ട് ശ്ലോകം ആ രണ്ട് ശ്ലോകം നമുക്ക് ഞാൻ ചൊല്ലാം നിങ്ങളെ തിരിച്ചു ചൊല്ലാം ീഭവാൻ anārya വിഷ സമുസ്ഥ akīrtikaram അകീർത്തികരമർജുന ക്ലൈബ്യമാസ്മഗമ പാർ നൈതുപയക്ഷുദ്രൃദയ ദൗർബല്യം തൃക്ോത്തിപ്പീഭഗവാൻ ഉച ശ്രീ ഭഗവാൻ പറഞ്ഞു ഭഗവാനും അർജുനൻ ഭഗവാൻ ആദ്യമായിട്ട് അർജുനന് കൊടുക്കുന്ന ഉപദേശം ഗീതയിൽ ആദ്യമായിട്ട് ശ്രീ ഭഗവാനുവാചാം ഭഗവാൻ എന്താ പറഞ്ഞത് എന്ന് വെച്ചാൽ കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ഹേ അർജുന അർജുനൻ എന്നുള്ള വാക്കിന് ഋജുബുദ്ധിയുള്ളവൻ അർത്ഥം ശുദ്ധ ബുദ്ധിയുള്ളവൻ അർത്ഥം വെളുത്ത മനസ്സുള്ളവൻ അർത്ഥം ഋജുവായിട്ട് നിൽക്കേണ്ടവൻ ആണ് അർജുനൻ വളഞ്ഞു വളഞ്ഞു നിൽക്കേണ്ട ആളല്ല ആ ഋജുവായിട്ട് നിൽക്കേണ്ട ആള് കരഞ്ഞും കണ്ണൊക്കെ കലങ്ങി തളർന്നിരിക്കുക എന്ന് വെച്ചാൽ നാണക്കേട് അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ് ഈ കശ്മലം എന്നൊരു വാക്ക് പ്രയോഗിച്ചു ലോ അർജുന തനിക്ക് എവിടുന്ന ഈ കശ്മലം വന്നതുണ്ട് കശ്മലം എന്ന് വെച്ചാൽ അനാത്മവസ്തുക്കൾ ഉണ്മയാണ് എന്നുള്ള ഭ്രമം കൊണ്ടുണ്ടാവുന്ന മോഹമാണ് കശ്മലം ജടശരീരം അത് പെറ്റിനസ് ക്ഷുദ്രത ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്ക് ക്ഷുദ്രത ക്ഷുദ്രം കശ്മലം ആചാര്യസ്വാമികൾ ഇതേ വാക്ക് വിവേക ചൂടാമണിയിൽ ഉപയോഗിക്കും അനാത്മചിന്തനം തെക്വാ കശ്മലം ദുഃഖ ചിന്തയ ആത്മാനം ആനന്ദരൂപം എൻ മുക്തി കാരണം അനാത്മചിന്തനം തെക്വാ അനാത്മചിന്തനം അനാത്മ ആത്മാവല്ലാത്ത വസ്തു എന്താ ദേഹം ആദ്യത്തെ സ്റ്റെപ്പ് ഈ ശരീരം ശരീരത്തിനെ നോക്കണം നമ്മളുടെ നയൻറ്റി പെർസെന്റ് ഓഫ് തോട്ട്സ് ചിത്തവൃത്തികൾ ഈ ശരീരത്തിൻ്റെ മെയിൻറ്റനൻസിന് വേണ്ടിയിട്ടാണ് ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് ശരീരത്തിനെക്കുറിച്ചുള്ള പേടിയാവും ശരീരത്തിന് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് തന്റെ ശരീരവും താൻ ആശ്രയിച്ചിരിക്കുന്നവരുടെ ശരീരവും തന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ ശരീരവും ഒക്കെ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്ത ഇതിനെയാണ് ഭഗവാൻ കശ്മലം എന്ന് വിളിക്കുന്നത് കുതസ്വാ കശ്മലമിതം ഈ ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദുഃഖം തനിക്ക് എവിടുന്നാണോ വന്നത് ഒരിക്കലും ഭർതൃഹരി പറയണ പോലെ ഇപ്പൊ കയ്യിലില്ലാത്ത സ്വത്ത് ഇനി വരാ വരുന്ന കാലത്ത് കിട്ടാൻ പോണില്ല അങ്ങനെയുള്ള സ്വത്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയുള്ള സ്വത്തിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കണം അത്ര ഒരാൾ ഇതുപോലെ നമ്മളുടെ കയ്യിലെ ഇല്ലാത്ത വിഷയത്തിനെക്കുറിച്ച് ആലോചിച്ച് വൃഥാ വിഷമമാണ് കശ്മലം കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം ഇത്തരത്തിലൊരു ഘട്ടത്തിൽ എപ്പോ ധൈര്യമായിരിക്കുന്നുവോ ആ ഘട്ടത്തിൽ തളർന്നു പോയിരിക്കുന്നു മാത്രമല്ല മനസ്സ് വിഷമസ്ഥിതിയിലെത്തിരിക്കുന്നു അനാര്യജുഷ്ടം ആര്യന്മാർക്ക് ചേരാത്തത് ആര്യൻ ദ്രാവിഡൻ എന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടോ ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു അർത്ഥത്തിൽ ഒരിടത്തും നമ്മളുടെ ശാസ്ത്രത്തിൽ ആര്യപദം പ്രയോഗിച്ചിട്ടേ ഇല്ല ഇതൊക്കെ വെള്ളക്കാരൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തിയ കാര്യങ്ങളാണ് ആര്യൻ ദ്രാവിഡൻ ദ്രാവിഡൻ ദ്രവിഡദേശത്തിലുള്ള ആള് ഗൗഡദേശത്തിലുള്ള ആള് ഗൗഡൻ അങ്ങനെയൊക്കെ ഭേദം എന്നല്ലാതെ ആര്യൻ എന്നുള്ളത് ഒരു റേഷ്യൽ നെയിമായിട്ട് ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ല ഇംഗ്ലീഷുകാർ അതൊക്കെ ആര്യം എന്നൊരു വംശം പുറത്തുനിന്ന് വന്നതായിട്ടും ഇവിടെ നിന്ന് ആക്രമിച്ചതായിട്ടും ഈ രാജ്യം കീഴടക്കിയതായിട്ടും ഒക്കെ എഴുതി ചേർത്തു നമ്മളുടെ ആളുകൾ അതും വളരെ ഹിന്ദുമതത്തിലെ തലക്കെട്ടിൽ നിന്ന് ആളുകൾ പോലും അതിനെ സ്വീകരിച്ച് അതുപോലെയൊക്കെ കഥകൾ എഴുതി മഹാത്മാക്കളായിട്ടുള്ള ചിലർ പോലും പറ്റിക്കപ്പെട്ടു അതേ വാക്കുകൾ അതേ ആശയം കഥകൾ എഴുതിയവരുണ്ട് അപ്പൊ ആര്യശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല അതിൽ ഗവേഷണം ചെയ്തിട്ടുള്ളവർ പറയുന്നത് ഋഗ്വേദത്തിലെ മുപ്പത്തിയാറ് പ്രാവശ്യം ആര്യശബ്ദം വരുന്നു അത്ര ഒരു സ്ഥലത്ത് പോലും ആര്യശബ്ദം ഒരു റേഷ്യൽ നെയിമായിട്ട് ആര്യപുത്രൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഭർത്താവിനെ ഭാര്യ ആര്യപുത്രൻ എന്ന് വിളിക്കും ഭാര്യയെ ഭർത്താവ് ആര്യയെ എന്ന് വിളിക്കും ഇതിനൊന്നും ഒരു ജാതിയുടെ നാമമോ ഒരു വംശത്തിൻ്റെ നാമമോ അല്ല ര്യശബ്ദത്തിന് പരിശുദ്ധമായതെന്ന് അർത്ഥം ശ്രേഷ്ഠ പുരുഷൻ എന്ന അർത്ഥം അത്രയേ ഉള്ളൂ അനാര്യദുഷ്ടം ആര്യന് നിരക്കാത്തത് അസ്വർഗ്യം സ്വർഗപ്രാപ്തി എന്ന് വെച്ചാലോ മനസ്സിന് സുഖം തരാത്തത് എന്നർത്ഥം വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് മനഃപ്രീതികര സ്വർഗ മനസ്സിന് പ്രീതികരമായിട്ടുള്ളത് സ്വർഗം വിപരീതമായിട്ടുള്ളത് നരകം അസ്വർഗ്യം മനസ്സിന് പ്രീതി തരാത്തതും അകീർത്തികരം അർജുന അർജുന നാളെ പേരുദൂഷ്യം വരും വേണോ നാട്ടിൽ മുഴുവൻ ഇപ്പൊ അർജുനൻ എന്ന് കേട്ടാൽ ആളുകളൊന്ന് എഴുന്നേറ്റിരിക്കും ഇപ്പൊ അതൊക്കെ പോയി കിട്ടും അകീർത്തികരമർജുന എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകം കുറച്ച് കടുപ്പമായി പോയി ഭഗവാൻ പറഞ്ഞ അടുത്ത ശ്ലോകം അർജുനൻ പുരുഷകേസരിയാണ് പൗരുഷത്തിന്റെ ഉദാഹരണമാണ് അർജുനനെ അങ്ങനെയുള്ള അർജുനനെ ഭഗവാൻ ആണും പെണ്ണും കെട്ടവെന്ന് വിളിച്ചു നപുംസകത്തിനെ പോലെ ഇങ്ങനെ നിന്ന് കരയണമല്ലോ ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ നൈതത്വ ഉപപദ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തൃക്വാ ഉഷ്ടപരന്തപ ക്ലൈബ്യം ആസ്മഗമ ഈ ക്ലീപത ആണുമല്ല പെണ്ണുമല്ല ആധ്യാത്മികത്തിലേക്ക് പോകണമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് ഉപനിഷത്ത് പറയുന്നത് നായമാത്മാ ബലഹീനേന ലഭ്യ ബലഹീനനായ പുരുഷന് ആത്മതത്വം പിടികിട്ടില്ല ബലഹീനനായ പുരുഷന് ഇവിടെ ഭഗവാൻ ഈ രണ്ട് ശ്ലോകത്തിലും നമ്മളിപ്പോ യുദ്ധത്തിന് വേണ്ടി അർജുനനോട് പറയുന്നതാണെങ്കിലും നമുക്കിപ്പോ ഗീതയിലിപ്പോ എടുത്തിട്ടൊ നമുക്ക് യുദ്ധമൊന്നും ചെയ്യേണ്ടല്ലോ അല്ലെ വിവേകാനന്ദ സ്വാമികളൊക്കെ ഈ ശ്ലോകത്തിനെ ഭാരതത്തിലുള്ള ആളുകളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു ഇപ്പൊ നമുക്കതൊന്നും ആവശ്യമില്ല ഇവിടെ അല്ലെ ധാരാളം ഉണർന്നുപോഞ്ഞു കുറച്ച് അധികം ഉണർന്നു പോകുന്ന സംശയമുണ്ടാവും ബാഹ്യമായിട്ട് നമുക്കിപ്പോ വേണ്ടത് ആന്തരികമായ കരുത്താണ് പുറമേക്കുള്ള കരുത്തല്ല ടിസിപ്പേഷൻ ഇല്ലാത്ത ചിത്തവൃത്തി അതായത് നമ്മളുടെ ധീരത പൗരുഷം എന്ന് പറയുന്നത് പുറമേക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പൗരുഷം ഇപ്പൊ ധാരാളമുണ്ട് ആ പൗരുഷം അല്പമൊന്ന് അകമേക്ക് ഇന്നർ ഫീൽഡിലേക്ക് തിരിയണം അതില്ലെങ്കിൽ ഭഗവാൻ പറയണത് ആണുവല്ല പെണ്ണുവല്ല ക്ലൈബ്യം ആസ്മകമ പാർത്ഥ ഹേ പാർത്ഥ ഇത് തനിക്ക് യോജിച്ചതല്ല നൈതത്വ ഉപപത്യതെ ഇത് ചേരില്ല ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഹൃദയത്തിന്റെ ദൗർബല്യമാണ് ഈ ദുഃഖത്തിന് കാരണം ഈ വിഷമത്തിന് കാരണം മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന് വേറെ ആരും കാരണമല്ല തന്റെ ദൗർബല്യം നമ്മൾക്ക് മനസ്സിനെ വിഷമായിട്ട് കണ്ടവരോടൊക്കെ ചോദിക്കും എന്റെ മനസ്സെന്താ ഇത്ര വിഷമിക്കണത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ചോദിക്കും അല്ലെങ്കിൽ സ്വാമിമാരെ കണ്ട ചോദിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളല്ലേ പറയേണ്ടത് നമ്മളുടെ മനസ്സ് എന്താ വിഷമിക്കണതാണ് മറ്റുള്ളവർക്ക് എന്ത് പറയാൻ പറ്റും വിഷമിക്കാൻ കാരണം എന്താ ഹൃദയ ദൗർബല്യം ഭഗവാൻ പറഞ്ഞ ഒരേ ഒരു കാരണം അതാണ് ഹൃദയ ദൗർബല്യം ബലം പോരായ്മ ബലം എന്ന് വെച്ചാൽ എന്താ ശുഭവാസന പോരാന്നർത്ഥം ഈ ജീവൻ നിശ്ചയിക്കണം എല്ലാവരും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ പറയണം സ്വാർത്ഥത പണം ഉണ്ടാക്കുന്നതിൽ സ്വാർത്ഥതയോ മറ്റുള്ളവരെ ജയിക്കുന്നതിൽ സ്വാർത്ഥതയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എലക്ഷനിൽ നിന്നിട്ട് ജയിക്കണതിലുള്ള സ്വാർത്ഥതയോ അല്ല ഇവിടെ സ്വാർത്ഥത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ജന്മത്തിൽ പൂർണ്ണമായ ശാന്തി ഉണ്ടാവണം ധന്യത ഉണ്ടാവണം എന്നുള്ള സ്വാർത്ഥത ഉണ്ടെങ്കിൽ ആ സ്വാർത്ഥതയ്ക്കാണ് വേദാന്തികൾ മുമുക്ഷുത്വം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തന്നെ കഴിയുന്നതും വേഗം ആ പരിപൂർണമായ ശാന്തി പൂർണത ഞാൻ നേടിയെടുക്കണം എന്ന് നിശ്ചയിക്കണം ഈ ജീവൻ സങ്കൽപ്പിച്ച് നിശ്ചയിച്ചാൽ ആചാര്യസ്വാമികൾ ഇന്നലെ പറഞ്ഞുവല്ലോ അതേ സ്ഥലത്ത് പറയുന്നു ഈ ജീവൻ സങ്കൽപ്പിച്ച് നിശ്ചയിച്ചാൽ എത്ര വലിയ ശക്തിക്കും അതിനു മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റില്ല എനിക്ക് സമാധാനം വേണം എനിക്ക് ശാന്തി വേണം എനിക്ക് പൂർണ്ണത വേണം എന്ന് നിശ്ചയിച്ചാൽ സാധിക്കും സാധിക്കോ അത് നിശ്ചയമായിട്ട് സാധിക്കൂ എന്റെ ശരീരം ഈ ജന ആരോഗ്യമായിട്ടിരിക്കണം വ്യാധിയേ വരാൻ പാടില്ല എന്നൊന്നും നിശ്ചയിച്ചു നോക്കൂ സാധ്യമേ അല്ല സകലവിധമായ വൈദ്യന്മാരെയും വിളിച്ചു വെച്ചുകൊണ്ട് അവരെപ്പോഴും പരിശോധിച്ചുകൊണ്ടിരുന്നാലും വ്യാധി വരും ഞാൻ മരിക്കാതെ നൂറു വയസ്സ് പേരെ ഇരിക്കണം എന്ന് സാധ്യമല്ല എന്റെ പണം നഷ്ടപ്പെട്ടു പോവാതിരിക്കണം ശ്രമിക്കൂ സാധ്യമല്ല നമ്മളുടെ കയ്യിലില്ല പക്ഷേ ആന്തരികമായ ശാന്തി പൂർണ്ണത സ്വാതന്ത്ര്യം വേണം എന്ന് സങ്കൽപ്പിച്ചാൽ നിശ്ചയമായിട്ടും സാധിക്കും എന്നാണ് ഭഗവാന്റെയും ഋഷികളുടെയും ഒക്കെ ഒരേ പോലെയുള്ള വാക്ക് ഈ ഒരു ഫീൽഡില് നമുക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും അർത്ഥമേ ഇല്ലല്ലോ എല്ലാം ഡെസ്റ്റിനി ആണെങ്കിൽ ആന്തരികമായ മുക്തി എ എ എന്ന് പറയണതും ജ്ഞാനം എന്ന് പറയണതും ഡെസ്റ്റിനി ആണെങ്കിൽ അർത്ഥമേ ഇല്ല അതൊന്നു മാത്രം ഫ്രീഡം ബാക്കിയുള്ള മണ്ഡലത്തിലൊക്കെ ഡെസ്റ്റിനിയാണ് അവിടെ ഒന്നും നമുക്ക് കൈവയ്ക്കാനേ പറ്റില്ല ഒന്നും നമ്മൾ വിചാരിച്ചിട്ട് നടക്കില്ല പക്ഷെ ഈ ആന്തരികമായ ശാന്തി പൂർണ്ണത എനിക്ക് വേണം എന്ന് നിശ്ചയിച്ചാൽ സ്ഥിതപ്രജ്ഞലക്ഷണത്തിൽ ഭഗവാൻ പറയു മരിക്കുന്നതിന് മുമ്പെങ്കിലും ആ തീരുമാനമെടുക്കൂ അർജുന അന്ധകാലേ ചൈ ാലെങ്കിലും മരണത്തിന് മുമ്പെങ്കിലും ഈ ശാന്തി വേണമെന്ന് ഉറപ്പിക്കാം നിശ്ചയിക്കുക സങ്കൽപ്പിക്കാം അപ്പൊ സങ്കൽപ്പ ബലം ഉണ്ടാവും അതാണ് ഹൃദയത്തിന്റെ ബലം ഈ സങ്കല്പത്തിന് ബലമില്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ ചെയ്താലും ദുഃഖം വരും ഈ സങ്കല്പത്തിന് ബലമില്ലെങ്കിൽ ഈ സങ്കല്പത്തിന് ബലമുണ്ടെങ്കിൽ അത് സ്വാർത്ഥതയല്ലേ ആളുകൾ ചോദിക്കും ആളുകൾ പലപ്പോഴും ചോദിക്കണം അതാണ് എനിക്ക് മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയല്ലേ അത് സ്വാർത്ഥതയാണെങ്കിൽ ഇരുന്നോട്ടെ എന്താ കാര്യം എന്ന് വെച്ചാൽ ആ സ്വാർത്ഥത ഒന്ന് വളർത്തി സ്വത സ്വാതന്ത്ര്യമുള്ളിൽ നേടിയാൽ കാണാം അതാണ് ഏറ്റവും വലിയ നിസ്വാർത്ഥത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാളുടെ സാന്നിധ്യയിൽ വരുമ്പോൾ തന്നെ അശാന്തവരായവരുടെ മനസ്സ് ശാന്തമാവും അയാൾ ആരെയും ദ്രോഹിക്കില്ല ആരെങ്കിലും ദ്വേഷിച്ചാൽ അയാളുടെ ഉള്ളിൽ ചാഞ്ചല്യം വരുന്നത് അയാൾ കാണും അതുകൊണ്ട് ദ്വേഷിക്കില്ല കോപിക്കുമ്പോൾ അയാളുടെ മനസ്സ് ചപലമാവേണത് അയാൾ കാണും അതുകൊണ്ട് കോപിക്കില്ല മറ്റുള്ളവരുടെ വസ്തു എന്തെങ്കിലും എടുത്താൽ തന്റെ ഉള്ളില് വിഷമസ്ഥിതി ഉണ്ടാവണത് അയാൾ കാണും എടുക്കില്ല കൊടുക്കുമ്പോ ആനന്ദം ഉണ്ടാവണത് അയാൾ കാണും അതുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും നോക്കണം ഇതും ഗുരുതരം സ്വാർത്ഥത ആ സ്വാർത്ഥത നിസ്വാർത്ഥതയിലേക്ക് നയിക്കും ഈ സ്വാർത്ഥതയുള്ളവരാണ് മഹാത്മാക്കളൊക്കെ ഈ സ്വാർത്ഥത ഉള്ളതുകൊണ്ട് അവര് ലോകത്തിലെ ഏറ്റവും നിസ്വാർത്ഥരായിട്ടിരുന്നു മറ്റുള്ളവരുടെ കണ്ണില് പക്ഷെ അവര് ചെയ്തിരുന്നത് എന്താ ഉള്ളിലുള്ള ഈ ശാന്തി നിശ്ചലത ചലിക്കാൻ അനുവദിക്കാതെ വെച്ചുകൊണ്ടിരുന്നു അതാണ് അവര് ചെയ്ത പണി യോഗസ്ഥിതി അവരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ ഭഗവാൻ പറയണത് അതിന് സങ്കൽപ്പ ബലം വേണം ഹൃദയബലം വേണം ആ ഹൃദയ ബലം പോരെങ്കിൽ ദുഃഖം വരും അതാണ് ഭഗവാൻ പറയുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെറ്റ് ഉത്തിഷ്ടപരന്തപ ഈ ആണും പെണ്ണും കെട്ടവനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കാതെ ദുഃഖിക്കാതെ നിശ്ചയിക്കാം അതാണ് ഉത്തിഷ്ഠ ഉത്തിഷ്ഠ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടെന്ന് കണ്ടെത്തൂന്ന് അതാണ് ഉത്തിഷ്ഠ എന്നിട്ടോ വീണ്ടും ആ കുഴിയിൽ വീഴാതെ നോക്കൂ അതാണ് ജാഗ്രത മുമ്പ് ഉണ്ടായിരുന്നില്ലേ മനസിന്റെ ചാഞ്ചല്യ രൂപമായ വിഷമസ്ഥിതി അതിലേക്ക് വീണ്ടും വീഴാതെ നോക്കുന്നത് ജാഗ്രത വലിയ ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്താ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ അല്ല ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ മരിക്കണതിന് മുമ്പ് തന്നെ പൂർണ്ണമായ അമൃതം പോലെയുള്ള ആനന്ദം ഹൃദയത്തിൽ തെളിഞ്ഞു വരണം ആനന്ദരൂപം അമൃതം യദ്തി ആനന്ദം തെളിഞ്ഞു വരണം ഹൃദയത്തിന് ശാന്തി തെളിഞ്ഞു വരണം അത് തെളിഞ്ഞു വരണമെങ്കിൽ എന്തുവേണം ബലം വേണം വീര്യം വേണം അനാവശ്യമായ എനർജി സ്കാറ്റർ ആയി പോകരുതും കഴിയുന്നതും അതിനു വേണ്ടി എനർജി കൺസെർവ് ചെയ്യാം ഉം ഊർജത്തിനെ പിടിച്ചു നിർത്തുക എല്ലാവിധത്തിലും എന്നുവെച്ചാലോ അനാവശ്യമായ കർമ്മങ്ങളോ വിക്ഷോഭങ്ങളോ ഇല്ലാതിരിക്കുക അർത്ഥം കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കുക എന്നർത്ഥം നമ്മളുടെ അധിക ഊർജവും ഉള്ളു പോണത് കോൺഫ്ലിക്ട് ആണ് പുറമേക്ക് നടക്കുന്ന വസ്തുക്കളോടുള്ള റെസിസ്റ്റൻസ് വിഷയ പുറമേക്ക് നടക്കുന്ന ഓരോ സംഭവത്തിനോടുള്ള ഇന്നർ റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസില് എനർജി പോയിക്കൊണ്ടേയിരിക്കും അല്ലാതെ ഊർജം നഷ്ടപ്പെടുന്നത് വേറെ വിധത്തിലൊന്നും അല്ല നഷ്ടപ്പെടാൻ മൂല ഈ ഉള്ളിലുള്ള ഈ ദ്വൈത ചലനം ദ്വൈത ചലനം അതായത് വെളിയിലൊന്ന് ഉള്ളിലൊന്ന് ഇത് രണ്ടും കൂടെ ഉള്ള ഷണ്ഠ എന്താ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും തളരും അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നാൽ വിഷമിച്ച് വിഷമിച്ച് രാത്രിയാവുമ്പോഴേക്കും തളർന്നു പോകും കുഴഞ്ഞു പോകും അപ്പൊ ഭഗവാൻ പറഞ്ഞു അർജുന എഴുന്നേക്ക ക്ലൈബ്യം നൈതത്വ ഉപപദ്ധ്യത തനിക്കത് ചെയരില്ല അർജുനനെ പരന്തപ എന്ന് വിളിക്കുന്നു പരന്തപൻ എന്നുള്ളതിന് രണ്ടർത്ഥം ഒന്ന് ശത്രുക്കളെ ജയിച്ചിട്ടുള്ളവൻ തപിപ്പിക്കുന്നവൻ അർത്ഥം മറ്റൊന്ന് പരമമായ തപസ് ചെയ്തിട്ടുള്ളവനെ എന്നർത്ഥം പാശുപഥം നേടിയെടുക്കാനും മറ്റു പല കാര്യത്തിനുമായി അർജുനൻ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട് അപ്പൊ തപസ് അർജുനന് പുതിയതൊന്നുമല്ല തപശക്തി അർജുനന് നല്ലവണ്ണം ഉണ്ട് ആ തപസ്സിനെ ഇപ്പൊ അല്പമൊന്ന് ആത്മാഭിമുഖമായിട്ട് തിരിച്ചുവിടണം അത്രയേ ഉള്ളൂ തപസ്സ എന്ത് ചെയ്തു ഭൗതിക പദാർത്ഥങ്ങൾക്ക് വേണ്ടി ആളുകളൊക്കെ തപസ് ചെയ്യണല്ലേ ശാസ്ത്രജ്ഞന്മാരൊക്കെ തപസ് ചെയ്തിട്ടല്ലേ ഓരോന്ന് പുതിയതായിട്ട് കണ്ടുപിടിക്കണത് അല്ലെ അതൊക്കെ തപസ്സല്ലേ തപസ് എന്ന് പറയണത് പഴയ കാലത്തെ ഉണ്ടായിരുന്നുള്ളൂ വിചാരിക്കേണ്ട ഇന്ന് ഓരോരുത്തരും ഓഫീസിൽ പോയി തപസ്സാണ് ചെയ്യണത് രാവിലെ ആറു മണിക്ക് പുറപ്പെട്ടാൽ രാത്രി പന്ത്രണ്ട് മണി വരെ പ്രവർത്തി ജീവിതം മുഴുവൻ എങ്ങനെ പ്രവർത്തി അവസാനം റിട്ടയർ ആവുമ്പോ ഒന്നുമില്ല ഊർജമൊക്കെ പോയി പ്രവർത്തിച്ചു അതൊരു തപസ്സാണ് എന്തിനു വേണ്ടി അവർക്ക് ഭൗതികമായി നേട്ടം ഉണ്ടാവേണ്ടതില്ല അതൊന്നും കുറ്റമില്ല അല്ലേ അവരുടെ സങ്കല്പത്തിനനുസരിച്ച് അവര് നിരന്തരം പ്രവർത്തിച്ചിട്ട് ഭൗതികമായി പല ഉയർന്ന നേട്ടങ്ങളും അവർ ഉണ്ടാക്കണം അതൊരു തപസ്സാണ് അങ്ങനെ ചെയ്യുന്നവരിൽ നമുക്ക് കാണാം നല്ല എനർജിയുണ്ട് ഊർജമുണ്ട് അതേ ഊർജം പരിപൂർണമായിട്ട് ഉള്ളിലേക്ക് തിരിയുക എന്നാൽ അത് യോഗശാസ്ത്രമായി അതിനു പേരാണ് യോഗശാസ്ത്രം യോഗശാസ്ത്രം എന്താണ് ഭൗതികശാസ്ത്രവും യോഗശാസ്ത്രത്തിന് രണ്ടിനും ഉള്ള ഊർജം പ്രാണശക്തി ഒന്ന് തന്നെ പുറമേക്കിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം പ്രാണശക്തി ചിത്തവൃത്തി വൃത്തിപ്രവാഹം ആ വൃത്തിപ്രവാഹം മുഴുവൻ അന്തർമുഖമായിട്ട് തിരിയുന്നു അന്തർമുഖമായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞാൽ എന്ത് ചെയ്യും അതെവിടെ നിന്ന് അവിടേക്ക് തന്നെ തിരിയും അതിൻ്റെ സോഴ്സിലേക്ക് തന്നെ തിരിയും ഊർജം ഊർജം മുഴുവൻ ഉള്ളിലേക്ക് തിരിയുമ്പോ വിപരീതീകരണം അതാണ് നിവൃത്തി മാർഗം എന്ന് പറയണത് പ്രവൃത്തിയും നിവൃത്തിയും അല്ലാതെ സന്യാസം സ്വീകരിച്ചാൽ നിവൃത്തി മാർഗം എന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ പോരാ പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താ ഈ ചിത്തവൃത്തികളുടെ ബഹിർമുഖമായ ചലനം നിവൃത്തിയോ ഈ പുറമേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തവൃത്തികൾ പ്രത്യാഹാരം ഉള്ളിലേക്ക് തിരിയുന്നു അപ്പൊ നിവൃത്തി അതിന് വളരെയധികം ബലം വേണം ശക്തി വേണം അതിന് ഏറ്റവും വലിയ ശക്തി എന്താ വളരെയധികം ആലോചിച്ചു നോക്കിയിട്ട് അതിലൊരു റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയത് ഇതാണ് ഈ ജീവൻ സങ്കൽപ്പിക്കണം അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഒരു ടെക്നിക്കും കൊണ്ട് നടക്കില്ല ഈ ജീവൻ സങ്കൽപ്പിക്കണം സങ്കല്പിച്ചാൽ അതായത് സ്വാർത്ഥതയോടെ സങ്കൽപ്പിക്കാം എനിക്ക് ഈ ജന്മത്തിൽ തന്നെ സ്വതന്ത്രനാവണം വേറെ ഒന്നുമല്ല സ്വതന്ത്രനാവണം ശരീരത്തിന്റെ സ്വാതന്ത്ര്യമല്ല ശരീരത്തിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല ശരീരത്തിന്റെ പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മനസ്സിന്റെ പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണം ശാന്തി എനിക്ക് വേണം പരിപൂർണമായ ആനന്ദം പൂർണ്ണത അത് ഈ ജന്മത്തിൽ തന്നെ വേണം എന്ന് സങ്കല്പിച്ച് ഉറപ്പിച്ചാൽ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യമുണ്ട് ഈ ഉറപ്പിക്കുന്നതിന് ആളുകൾ കുറേയധികം ഈ ലോകത്ത് ദുഃഖം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഉറക്കും അതാണ് ദുഃഖാനി ആലോക്യ ജന്തുഷു അലമുദിത വിവേകോഹം എന്നൊക്കെ വെട്ടതിരിയൊക്കെ പറഞ്ഞു ആചാര്യവര്യാത് ലബ്ധ്രൂപതത്വം ഗുണചരിതകഥാതി ഉദ്ഭവദ് ഭക്തിഭൂമ മായാമേനാം തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യം പൂർവരംഗ പവനപുരപതേ നാശയാശേഷരോഗ അപ്പോ ദുഃഖം ലോകത്തിൽ ദുഃഖമുണ്ടെന്ന് കാണുമ്പോൾ വിവേകത്തോടുകൂടെ കാണുമ്പോൾ വിവേകത്തോടുകൂടെ ദുഃഖമുണ്ടെന്ന് കാണുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിൽ വൈരാഗ്യം വരും ദുഃഖ സംയോഗ വിയോഗം കാരണം എന്താ ദുഃഖം തരുന്ന വസ്തുക്കളിലോടുള്ള അറ്റാച്ച്മെൻറ്റ് അതങ്ങോട് വിട്ടാൽ വസ്തുക്കൾ ദുഃഖിപ്പിക്കുന്നു എന്ന് കണ്ടു ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളെ ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചാൽ യോഗ സമാധാനം ആ സമാധാനം തന്നെ യോഗം ദുഃഖ സംയോഗിയോഗം യോഗ സംയത്വം എന്നാണ് ഭഗവാന്റെ ഡെഫിനിഷൻ ദുഃഖവസ്തുക്കൾ ദുഃഖിപ്പിക്കുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കപ്പെട്ടാൽ ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചാൽ മതി പുറമേക്കല്ല പുറമേക്ക് എല്ലാം ഉപേക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല ഉള്ളുകൊണ്ട് ഉപേക്ഷിച്ചാൽ ശാന്തി റിലീസ് അതെന്ന് ീറ്റ് ആയിട്ടുള്ള ഫ്രീഡം ആ യോഗസ്ഥിതി അത് വരണമെങ്കിൽ വൈരാഗ്യം വിവേകം വൈരാഗ്യം വിവേകവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ രണ്ട് ചിറക് പോലെയാണ് പക്ഷിക്ക് ആകാശത്തിൽ പറകാനുള്ള ചിറകു പോലെ ജീവന് ആത്മസാക്ഷാത്കാരത്തിലേക്ക് പറക്കാനുള്ള രണ്ട് ചിറകുകളാണ് വിവേകവും വൈരാഗ്യവും ഇത് രണ്ടും നമ്മളുടെ ദുഃഖമൊക്കെ തന്നെ യോഗമായിട്ട് മാറും വിഷമമൊക്കെ തന്നെ യോഗമായിട്ട് മാറും ഈ ഹൃദയ ദൗർബല്യം ബലമായിട്ട് മാറും ബലത്തിന് മൂല കാരണം അതാണ് ശുഭേച്ഛ വേദാന്തികളും പറയണത് അതാണ് ആദ്യത്തെ ഭൂമിക ഈ ജീവൻ നിശ്ചയിക്കണത്ര എനിക്ക് മതി ലോകത്തിൽ ഞാൻ ഒരുപാട് കണ്ടു അല്ലെ അത് വളരെ പ്രധാനമായ ഒരു ഘട്ടമാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായാലും വരണില്ല ആ വിഡിപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കും അതിൽ ജപമാലയൊക്കെ ഉണ്ടാവും പക്ഷെ ഇരിക്കുന്നത് എവിടെയാ മഹിഷാസുരന്റെ മുമ്പിലിരിക്കും വീട്ടിലുള്ള വിഷമം പിന്നെയോ അടുത്ത ദിവസം ആ സീരിയലിൽ എന്താവുന്നുള്ള വിഷമം അതൊരു വിഷാദം വലിയ ടെൻഷനാണ് പകൽ മുഴുവൻ അത് കണ്ടാൽ രാത്രി സ്വപ്നത്തിലും അതല്ലേ വരുള്ളൂ നമ്മളുടെ സ്വപ്നം സ്വന്തം സ്വപ്നം പോട്ടെ അവര് കാണിക്കുന്ന സ്വപ്നവും നമ്മൾ എടുക്കുക നമ്മളുടെ കൂടെ ഭാഗവതം വായിക്കാൻ പറയുന്ന ഒരാൾ പറഞ്ഞുവേ അടുത്ത വീട്ടിൽ രണ്ടുപേര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും അയാള് ഭാര്യയെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയല്ലോ മഹാ വലിയൊരു തെറ്റാണ് അയാൾ ചെയ്തത് നമുക്ക് പറഞ്ഞു ഒരു കഥ ആരുടെയോ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇയാൾ വിചാരിച്ചോ ആരെക്കുറിച്ചോ ഗ്രാമത്തിലുള്ളവരെ കുറിച്ചോ വർത്തമാനം പറയാ പോയി ചോദിച്ചപ്പോ ഉച്ചയ്ക്ക് ഓടുന്ന സീരിയലിലെ കഥയാണ് ഗംഭീരമായ വർത്തമാനം നാളെ എന്ത് സംഭവിക്കും ഇതിങ്ങനെ മനസ്സിൽ ഭാവന ചെയ്താൽ നോക്കണം നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു കാര്യം ഏതോ ഒരു ദിവസം ഒന്ന് കണ്ടു മാസത്തിൽ ഒരു സിനിമ കണ്ടു എന്ന് പോട്ടേ ഒന്ന് പറയാം ഇത് ഇവര് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ദിവസവും ഇന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി നാളെ തുടങ്ങി നാളെ നിർത്തി മറ്റന്നാളെ തുടങ്ങി അവര് നിർത്തുമ്പോ എവിടെ നിർത്തും നാളെ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ കാണുമോ അതുപോലെ നിർത്തും അല്ലേ അപ്പൊ അടുത്ത ദിവസം വരെ അൺകോൺഷ്യസ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഭാവന ഇതിങ്ങനെ ഉള്ളിൽ എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് ഭാവനാമയമായ ലോകത്തിൽ മുഴുവൻ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ വന്നു നിൽക്കും ഇപ്പോ വീട്ടിലുള്ളവരെക്കുറിച്ചോ കുടുംബകാര്യത്തിനെക്കുറിച്ചോ പോലും നമ്മൾ ഇത്രയൊന്നും ചിന്തിക്കില്ല അല്ലെ ഇതിലുള്ള അത്ര ചിന്തിക്കണം അത്ര ചിന്തിക്കില്ല അതൊക്കെ വന്നിട്ട് പോകും കാഷ്വലായിട്ട് ഒന്നും കണ്ടിന്യൂറ്റി ഇല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ കണ്ടാൽ അത് നല്ല വണ്ണം ദൃഢമാവും ഉള്ളിൽ ദൃഢമായിട്ട് മരണ ഈ ചിത്രങ്ങളൊക്കെ മുമ്പിൽ പൊന്തി മാറ്റാൻ പറ്റാത്ത നിയമാതം ആർക്കും ഒരു ഈശ്വരനും മാറ്റാൻ പറ്റില്ല കാരണം ഈശ്വരനാണത് പറയണത് എം എം ഭാവി സ്മരൻ ഭാവം തെജത്യന്തേ കളേവരം കൗന്തേയാ സദാ തദ്ഭാവിത സങ്കൽപ്പത്തിനെ വളർത്തി സങ്കൽപ്പം തികച്ചും ശാസ്ത്രീയമാണല്ലോ അത് സങ്കല്പത്തിനെ വളർത്തി സങ്കല്പ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് മരണസമയത്ത് പ്രബലമായ ഒരു സങ്കല്പം പൊന്തി വരും പ്രബലമായി ഏതെങ്കിലും ഒരു സങ്കല്പം പൊന്തി വരും ആ സങ്കൽപ്പം പ്രാണവായു അതിനെ അപഹരിച്ചുകൊണ്ട് അടുത്തൊരു ശരീരത്തിലേക്ക് കൊണ്ടുപോകും അപ്പോ ഈ സങ്കൽപ്പമൊക്കെ അല്ലേ ഞാൻ കുറ്റം പറയല്ല കേട്ടോ ശാസ്ത്രീയമായ വിശകലനം അപ്പൊ വളരെ വളരെ ജാഗ്രതയായിരിക്കും നമ്മളുടെ കയ്യിലിരിക്കണോ മുക്തി അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധരേത് ആത്മാനാത്മാനം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഭഗവാന്റെ വായു കൊണ്ട് അങ്ങനെ പറയില്ലായിരുന്നു രമണ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഹൗ ടു റിയലൈസ് ദ സെൽഫ് ചോദിച്ചു അതിന് മഹർഷി പറഞ്ഞത് ഡിസെർവ് ഇറ്റ് ആൻഡ് ഓണിറ്റ് അതിന് അർഹത നേടൂ നിങ്ങൾക്കത് കിട്ടും അർഹത എന്താ അല്ലെങ്കിൽ തന്നുകളയാന്ന് പറയുമല്ലോ അല്ലേ അർഹത എന്താ ജീവന്റെ ഭാഗത്തു നിന്നുള്ള അർഹത എന്താ സങ്കല്പത്തിൽ ജാഗ്രതയായിട്ടിരിക്കാം ശരീരത്തിൽ പോലും പറഞ്ഞില്ല കുടുംബത്തിന് ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല പുറമേക്കൊന്നും ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ ഒന്നും പറഞ്ഞില്ല പക്ഷെ പുറമേക്കുള്ള കർമ്മപരിപാടികളെ ഒരു പ്രത്യേക വിധത്തിൽ അറേഞ്ച് ചെയ്ത് നിർത്തണം എങ്ങനെയാണ് എങ്ങനെയായാൽ നമ്മളുടെ ഉള്ളിലേക്ക് കയറില്ലയോ അങ്ങനെ സങ്കല്പ ലോകത്തിൽ കയറാത്ത വിധത്തിൽ ലോകത്തിൽ വ്യവഹരിച്ചാൽ കുഴപ്പമില്ല രാമകൃഷ്ണപരമവംസർ പറയും വള്ളത്തിൽ വെള്ളം വെള്ളത്തിൽ വള്ളം കിടന്നാൽ കുഴപ്പമില്ല പക്ഷെ വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങും വള്ളം വെള്ളത്തിൽ കിടന്നാൽ കുഴപ്പമില്ല പക്ഷേ വള്ളത്തിലേക്ക് വെള്ളം കയറാൻ പാടില്ല നമ്മൾ ലോകത്തിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ലോകം അനുസ്യൂതം നോക്കണം ലോകത്തിലൊന്നും പ്രവർത്തിക്കാതെ ഒരു വീട്ടിലിരിക്കുന്നവരാണ് ഈ ലോകത്തിന് തിന്നണത് രുചിക്കാണ് വിഷയങ്ങളെ അതിങ്ങനെ ഉള്ളിൽ കയറി സങ്കല്പ ലോകത്തിൽ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒരു സങ്കല്പത്തിനെയും ഇതൊക്കെ ഓരോ പോയിന്റേഴ്സാണ് ഒരു സങ്കല്പത്തിനെയും സങ്കല്പം വരുന്നത് തെറ്റല്ല അപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കണ്ടു വർത്തമാനം പറഞ്ഞു ഓർത്തു ഒന്നും കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ഇവിടെ ആരെയോ ഒരാളെ കണ്ടു പോകുമ്പോ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ അവരെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതാപത്ത ഇങ്ങനെ ഒരു സങ്കല്പവും ടർന്നു വരാൻ അനുവദിക്കാതെ പരിശീലിച്ചാൽ ബലം കുറഞ്ഞോ മനസ്സിന് ബലം കുറഞ്ഞാൽ ആത്മബലം നമ്മളിപ്പോ സത്സംഗത്തിൽ ഇരുന്ന് പോകുമ്പോൾ നല്ല ഉത്സാഹം തോന്നണമുണ്ടെങ്കിൽ അതിന് കാരണം ഇവിടുന്ന് എന്തെങ്കിലും മനസ്സിലാക്കണതല്ല ചിത്തവൃത്തികളില്ലാതെ കുറച്ചു നേരത്തേക്ക് ഇരുന്നു ചിത്തവൃത്തികളില്ലാതെ ഇരുന്നാൽ താണിക്കു കുടിച്ച പോലെ ഉണ്ടാവും അതാണ് പതഞ്ജലി മഹർഷി യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തി നിരോധം യോഗസൂത്രം അതോട് അവസാനിച്ചു പഠിക്കാനില്ല ചിത്തവൃത്തി അപ്പൊ ഈ ചിത്തവൃത്തിയിൽ ജാഗ്രതയോടെ ഇരിക്കുക വൃത്തിചലനം ജാഗ്രതയോടെ ഇരിക്കുക ആ വൃത്തിചലനം കുറയും തോറും ബലം കൂടും നമ്മൾ ജപം ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് നാമജപം ചെയ്യുന്നത് എന്തിനാകും അനേക വൃത്തിയായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു മന്ത്രത്തിലോ ഒരു രൂപത്തിലോ നിർത്തിക്കൊണ്ടേയിരിക്കുക പതിച്ചുകൊണ്ടേയിരിക്കുക അതല്ലേ ചെയ്യണം ആന റോട്ടിൽ നടക്കുമ്പോ തുമ്പിക്കയിൽ വലതു പിടിക്കാൻ കൊടുത്താൽ അത് തുമ്പിക്കൈ ആട്ടാതെ പോകും അല്ലെങ്കിലോ അടുത്തുള്ള കടയിലൊക്കെ കൈവയ്ക്കുക അതുപോലെ ഈ മനസ്സ് സദാ ചപലമായിട്ടിരിക്കുന്ന മനസ്സിനെ ഒരു രൂപത്തിലോ നാമത്തിലോ നിർത്തുന്നു പരിശീലിക്കുന്നു എന്തിനാ ആ രൂപത്തിലോ നാമത്തിലോ നിർത്താൻ വേണ്ടി മാത്രമല്ല മറ്റു വൃത്തികൾ ഉണ്ടാവാതിരിക്കും വൃത്തിപ്രവാഹത്തിന് ഒരു തടസ്സം ചിത്തവൃത്തികൾ കുറയുമ്പോൾ വിചാരങ്ങൾ കുറയുമ്പോ ഊർജം നിറയും ഉള്ളിൽ മനസ്സ് നല്ല ഊർജസ്വലമായിട്ട് തീരും ഹൃദയം അപ്പൊ ബലം വരും അതാണ് ഹൃദയ ബലം ഇപ്പൊ അർജുനനെ എന്ത് പറ്റി വിഷാദമുണ്ടായി അല്ലേ കരഞ്ഞു വിഷമിച്ചു അപ്പൊ പ്രവാഹമാണ് സങ്കൽപ്പത്തിന്റെ പ്രവാഹം ദുഃഖത്തിന്റെ പ്രവാഹം ആ ദുഃഖത്തിന്റെ പ്രവാഹം വന്നപ്പോ എന്തായി തളർന്നു പോയി അതാണ് ഭഗവാൻ പറയണത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം അർജുന തനിക്ക് യോജിച്ചതല്ല നൈതത്വ ഉപപദ്ധ്യത ഇത് തന്നിൽ തന്നിൽ കാണാൻ പാടില്ലാത്തതാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക് ഉത്തിഷ്ടപരന്ത കഠോപനിഷത്ത് കൃഷ്ണൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കഠോപനിഷത്തിലെ അനേക മന്ത്രങ്ങൾ ഭഗവാൻ രണ്ടാമധ്യായത്തിൽ ഉദ്ധരിക്കും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ക്ഷുരസ്യധാരാ നിശിത ദുരത്യ ദുർഗം വധസ്തത് കവയോ വദന്തി അല്ലെ പ്രസിദ്ധമായ മന്ത്രം ഉത്തിഷ്ഠത ജാഗ്രത ഉപനിഷത്ത് തന്നെ പറയുന്നത് ഉത്തിഷ്ഠത ഉണരു ഉണരാന്ന് വെച്ചാൽ എന്താ അർത്ഥം ജീവിതത്തിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് അറിയൂ ജാഗ്രത ജാഗ്രത എന്താ വീണ്ടും അങ്ങോട്ട് വീണു പോവാതെ ഒരു ചളിക്കുണ്ടിൽ നിന്ന് കര കയറിയിരിക്കുന്നു വീണ് ചാടരുത് സൂക്ഷിച്ചോളുക എന്താ ചളിക്കുണ്ട് ചളിക്കുണ്ട് പുറത്തൊന്നുമില്ല നമ്മളുടെ ഉള്ളിലുണ്ട് ചളിക്കുണ്ട് സങ്കല്പരൂപത്തിലുള്ള ചളിക്കുണ്ട് അത് പറ്റിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ അല്ലേ പറ്റിച്ചുകൊണ്ടേയിരിക്കും ആ സങ്കല്പരൂപത്തിലുള്ള ചളിക്കൊണ്ടെന്ന് പുറത്തേക്ക് കയറിയിരിക്കുന്നു ഇനി വീഴാതെ നോക്കിക്കോളാം ജാഗ്രത എങ്ങനെ വീഴാതിരിക്കാൻ പറ്റും നമ്മളെ കരുത്തുകൊണ്ട് പറ്റുമോ എന്ന് വെച്ചാൽ പ്രാപ്യപരാൻ നിബോധത വ്യക്തമാണ് മന്ത്രം ആദ്യം ഉണര ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് നിശ്ചയിക്കൂ ജാഗ്രതയായിട്ടിരിക്കൂ എന്ന് വെച്ചാൽ ഇനി മേലെ ചളിയാക്കാതെ പുതിയ ചളിയൊന്നും കയറ്റാതിരിക്കൂ ഇനി ഉള്ളിൽ ഉള്ള ചളി പോയിട്ട് പൂർണ്ണത കൈവരാൻ എന്ത് വേണം പൂർണ്ണത കണ്ടെത്തിയിട്ടുള്ളവരിൽ നിന്നും അതിന്റെ രഹസ്യം കേട്ടു മനസ്സിലാക്കൂ ശ്രവിക്കൂ പ്രാപ്യവരാന് നിബോധത ബോധം ഉണ്ടാക്കിയെടുക്കൂ പ്രബുദ്ധരായി തീരുവെന്നാണ് പ്രാപ്യപരാ നിബോധത ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യ വാഴത്തലയിൽ നടക്കണ പോലെയുള്ളതാണ് ഈ മാർഗം എന്താ വാഴ്ത്തല എന്ന് വെച്ചാൽ ശ്രദ്ധയാണ് ജ്ഞാനത്തിന് മുഖ്യമേ ശ്രദ്ധ ജ്ഞാനത്തിന് സാധനയെല്ലാം മുഖ്യം ജ്ഞാനത്തിന് അനുഷ്ഠാനങ്ങളൊന്നുമെല്ലാം മുഖ്യം ജ്ഞാനത്തിന് മുഖ്യം അറ്റൻഷനാണ് അറ്റൻഷൻ എവിടെ എന്ന് വെച്ചാൽ ചിത്തവൃത്തി ശൂന്യമാവുമ്പോൾ നമ്മളുടെ സ്വരൂപം തെളിഞ്ഞു കിട്ടും ചിത്തവൃത്തി ശൂന്യമാകുമ്പോൾ ചിത്തവൃത്തികൾ നിലയ്ക്കുമ്പോൾ കുളത്തിലുള്ള ചണ്ടി നീക്കുമ്പോൾ അടിയിലുള്ള വെള്ളം കാണും അതുപോലെ ചിത്തവൃത്തികളെ ഒന്ന് മാറ്റി നിർത്തുമ്പോ അടിയിലുള്ള കുളിർമയോടുകൂടെയുള്ള സ്വരൂപം പ്രകാശിക്കും നമ്മളുടെ യഥാർത്ഥമായ സ്വരൂപം എന്തോ അത് അല്പമൊന്ന് തെളിയും അതിൽ ശ്രദ്ധ പതരാതെ നിൽക്കാനുള്ള ഒരൊറ്റ സാധനയും ചെയ്യാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചുറ്റിയും വളഞ്ഞും വളഞ്ഞും വളഞ്ഞും വളഞ്ഞ് അതേ വിഷയത്തിലേക്ക് വരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലൈവ്യം ആസ്മകം ഓഫ് വാർത്ത പറയേണ്ടിടത്ത് ഇതൊന്നും പറയാനില്ല ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ ഗീത പറയാൻ പുറപ്പെട്ട് പിന്നെയും പിന്നെയും ഒരേ വിഷയം വേദാന്തത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണമല്ലോ ഈ ഒരറ്റ വിഷയമേ ഉള്ളൂ നമ്മുടെ വൈദ്യലിംഗ ശർമ്മമാശ കഥ പറയും ഒരു കുട്ടിക്ക് എസ് എഴുതാൻ പറഞ്ഞു ഇത്രേ സ്കൂളിൽ അപ്പൊ ഒറ്റ എസ് എയെ തെങ്ങിനെക്കുറിച്ച് അതേ പഠിച്ചിട്ടുള്ളൂ അപ്പോ പരീക്ഷയ്ക്ക് പോയപ്പോ പശുവിനെ കുറിച്ച് ചോദിച്ചിരിക്കും അപ്പൊ പറഞ്ഞു പശു നാല് കാലുള്ള മൃഗമാണ് പശുവിന് രണ്ട് കൊമ്പുണ്ട് പശു പാല് കറക്കും പശു വീട്ടിൽ വളർത്തുന്ന മൃഗമാണ് ഇത്രയും പശുവിനെ കുറിച്ചായിരുന്നു പിന്നൊന്ന് ഓർമ്മ വരു പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് തെങ്ങിനെ കുറിച്ച് അടുത്ത വർഷമെങ്കിലും തെങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന വിചാരിച്ച ചോദിച്ചത് കോഴിയെ കുറിച്ചാ പറയണം അപ്പൊ കോഴിയും തെങ്ങിനെയും എങ്ങനെ ബന്ധിപ്പിക്കും അപ്പോ കോഴി മുട്ടയിടും ഇത്രയേ അറിയുള്ളൂ കോഴി രാവിലെ കൂവും ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ തെങ്ങിനോട് യോജിപ്പിക്കും എങ്ങനെയോ വളഞ്ഞു വരണം അപ്പൊ പറഞ്ഞു കോഴിയെ നമ്മൾ തെന്നിൽ കെട്ടാറില്ല അപ്പൊ എങ്ങനെയോ ശുദ്ധി പറഞ്ഞ അന്വയ വ്യതിരേകം ഏതെങ്കിലും വഴിക്ക് വരണമെന്നാണ് ഈ ഒരു വിഷയം ഗീത പോലും നമുക്കതൊരു ഉപായമാണ് വിഷയം എന്താ നമ്മളുടെ സ്വരൂപം തെളിഞ്ഞു കിട്ടണം എനിക്കിത് പറയുമ്പോൾ പറയുമ്പോൾ എനിക്ക് അനുഭവം നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ചിലപ്പോൾ അനുഭവപ്പെടും അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം ചിത്തവൃത്തികൾ വഴിവിട്ടു തരുമ്പോൾ കുളത്തിലെ ചണ്ടി നീക്കുമ്പോൾ വെള്ളം കാണുന്ന പോലെ ചിത്തവൃത്തികൾ അങ്ങോട്ടങ്ങോട് വഴിമാറുമ്പോൾ ഉള്ളില് നമ്മളുടെ സ്വരൂപ സ്വരൂപം ഒരു സമുദ്രം പോലെ മൗനഘനാമൃതാബ്ധി എന്നാണ് നാരായണഗുരുസ്വാമി പറഞ്ഞത് മൗനഘനാമൃതാബ്ധി ഘനീഭൂതമായ മൗനത്തിൻ്റെ അമൃതസ്വരൂപമായ മൗനത്തിൻ്റെ ഒരു സമുദ്രം എന്നാണ് അത് ഉള്ളിലങ്ങനെ അല്പമൊന്ന് തെളിഞ്ഞു കിട്ടും ആ തെളിഞ്ഞു കിട്ടിയതിൽ ശ്രദ്ധ പതിക്കണം ചിത്തവൃത്തി നിൽക്കുമ്പോൾ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം മാത്രം ഉണ്ടാവും അല്ലെ ചിത്തവൃത്തികളൊക്കെ വഴിവിട്ട് തരുമ്പോൾ വിചാരമില്ലാതെ ഇരിക്കുന്ന ഒരു ക്ഷണം ആ ക്ഷണത്തിൽ എന്തുണ്ട് നിശ്ചലതത്വം അതിലെന്തുണ്ട് ആ നിശ്ചലതത്വത്തിൽ ഞാൻ ഉണ്ട് എന്റെ സ്വരൂപം എന്താണ് പൂർണ്ണത ആനന്ദം തൃപ്തി ഉണ്മ ശാന്തി ഇങ്ങനെയൊക്കെ അതിനെ പറയാൻ പറ്റും അത് ഉണ്മയാണ് ഉള്ളതാണ് ശാന്തിയാണ് അതിന്റെ സ്വരൂപം നിർമ്മലമായ ഒരു സരസ് പോലെ അത് ഉള്ളിൽ തെളിഞ്ഞു കിട്ടും അപ്പൊ അതിൽ ശ്രദ്ധ പതരാതെ നിൽക്കണം പക്ഷെ നമ്മളുടെ മനസ്സുണ്ടല്ലോ പലതും പറഞ്ഞുകൊണ്ടുവരും അയ്യോ ഇങ്ങനെ ഉണ്ടായോ മതിയോ പൂജ ചെയ്യേണ്ട അല്ലെങ്കിൽ ഹടയോഗ സാധനകൾ ചെയ്യേണ്ട ഭാവനകളെയൊക്കെ കൊണ്ടുവരും ലോകത്തിലുള്ള കർമ്മം ചെയ്യേണ്ടത് ആദ്യം മനസ്സ് പറ്റിക്കണതെങ്ങനെയാ അറിയോ നമുക്ക് ആ ശാന്തി ഊറി വരുമ്പോൾ മനസ്സ് പതുക്ക വന്ന് പറയും ഇതൊന്നും ശരിയായിട്ടുള്ളതല്ലാട്ടോ അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല എന്ന് പറയും അവിടെ തന്നെ നമ്മൾ പതറിപ്പോയി കളയും യോഗവാസിഷ്ടത്തിൽ പറയുന്നുണ്ട് ഒരാൾ ചിന്താമണിക്ക് വേണ്ടി തപസ്സ് ചെയ്തു അത്രേ അപ്പൊ ആദ്യം തപസ്സ് ചെയ്യാൻ കൈ കൂപ്പിയപ്പോ തന്നെ കയ്യിൽ ചിന്താമണി വന്ന് വീണു അപ്പൊ ഇയാൾ വിചാരിച്ചു ഇപ്പോഴല്ലേ തുടങ്ങി അപ്പോഴേക്കും ചിന്താമണി കിട്ടുമോ എന്ന് വലിച്ചെറിഞ്ഞു അത്രേ എന്നിട്ട് കഠോരമായിട്ട് തപസ് ചെയ്തപ്പോൾ ആരോ ഒരാൾ കാക്കപ്പൊന്നെ അവിടെ കൊണ്ടുവച്ചു അത് ചിന്താമണിയാണെന്ന് എടുത്തോണ്ടും പോയി എന്നാണ് എളുപ്പത്തിൽ കിട്ടിയാൽ വിശ്വാസം വരില്ല എളുപ്പം ആയിട്ട് കിട്ടണ ഒരു സാധനം എന്താ ആത്മ കാരണം എന്താ ആത്മ കിട്ടിയിട്ടുള്ള വസ്തുവാണ് അത് കിട്ടേണ്ട വസ്തുവല്ല ആചാര്യസ്വാമികൾ പറയുന്നത് ആത്മാ ഉപാദ്യം ന വികാര്യം ന സംസ്കാര്യം കർത്തൃഭോക്തൃരൂപം ആത്മാ ഉപാദിപ്പിക്കേണ്ട വസ്തുവല്ല എന്തെങ്കിലും സംസ്കരിച്ചിട്ട് നേടേണ്ട വസ്തുവല്ല കർത്തൃത്വഭോക്തൃത്വ ഭാവം കൊണ്ട് നേടേണ്ടതല്ല സദാസിദ്ധമായ ബോധകനമായ വസ്തു തെളിഞ്ഞിരിക്കുന്നത് നമ്മളുടെ സ്വരൂപം പക്ഷേ അതിനെ ഇപ്പൊ മനസ്സു മറച്ചിരിക്കണം അല്ലെ ചിത്തവൃത്തികൾ മറച്ചിരിക്കുന്നു മേഘം സൂര്യനെ മറയ്ക്കണ പോലെ പക്ഷെ വാസ്തവത്തിൽ മേഘം സൂര്യനെ മറയ്ക്കണുണ്ടോ മേഘം സൂര്യനെ മറയ്ക്കണുണ്ടോ മേഘം സൂര്യനെയൊന്നും മറയ്ക്കണില്ല നമ്മളുടെ കണ്ണിനെയാണോ മറയ്ക്കുന്നത് മേഘം സൂര്യനെ കാണും എത്രയോ ചവട്ടിലാണോ പ്ലെയിനിൽ പറഞ്ഞാൽ മേഘം ചവട്ടൽ കാണും അപ്പൊ സൂര്യനെ ഒന്നും മറയ്ക്കണില്ല മേഘം നമ്മളുടെ കണ്ണിന്റെ അടുത്താണോ സൂര്യന്റെ അടുത്തല്ല പക്ഷേ നമ്മൾക്ക് തോന്നുന്നു ഈ ചെറിയ മേഘം വലിയ സൂര്യനെ മറച്ച പോലെ അതുപോലെ ചിത്തവൃത്തികൾ കാമം ക്രോധം അജ്ഞാനം ഈ ചിത്തവൃത്തികളൊക്കെ ആത്മാവിനെ അല്പനേരത്തേക്ക് മറച്ചു പിടിക്കണ പോലെ ഒരു പ്രതീതി പക്ഷേ എനിക്ക് കോപമുണ്ട് കാമുണ്ട് എന്ന് പറയുമ്പോ പോലും ഈ കാമം കോപമൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ആരറിഞ്ഞു ഈ മൈക്കിന് അതൊന്നും വരുന്നില്ലല്ലോ മൈക്ക് ജഡമായി മൈക്കിന് താനുണ്ടോന്നും അറിയില്ല അല്ലെ നമ്മളാണോ മൈക്കുണ്ടെന്നുണ്ട് മൈക്കിനെ ഞാൻ മൈക്കാണോ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല പക്ഷെ എനിക്കറിയാം ഞാൻ ഉണ്ടോന്ന് അപ്പൊ ആർക്ക് തന്റെ ഉണ്മ അനുഭവപ്പെടുന്നുണ്ടോ അയാളുടെ ആ അസ്തിത്വത്തിന്റെ മേലെയാണ് ഈ വികാരങ്ങളൊക്കെ ഇങ്ങനെ കാർമേഹം പോലെ വന്നിട്ട് പോണത് അല്ലേ ഇതിനൊന്നും വാസ്തവികതയില്ല വാസ്തവമായിട്ടുള്ളത് എന്താ ഇതിനൊക്കെ പുറകിലും അറാതെ നിൽക്കുന്ന തെരശീല പോലെ നിൽക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ ചൈതന്യ വസ്തു അതിന് ക്ഷയമേ ഇല്ല അത് പൂർണ്ണമാണ് അതിന് വേണ്ടത് ശ്രദ്ധയാണ് പക്ഷെ ആ ശ്രദ്ധയെ പതറാനായിട്ട് ശ്രദ്ധയെ ശ്രദ്ധ നഷ്ടപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ മനസ്സ് കാരണം അതാണ് ക്ഷുരസ്യധാരാ നിഷിതാ ദുരത്യ എന്ന് ഉപനിഷത്ത് പറഞ്ഞു വാഴത്തലയിൽ നടക്കുന്ന പോലെ പറ്റിച്ചുകളും മനസ്സ് പറ്റിച്ചുള്ളൂ അതുകൊണ്ടാണ് ഋഷികൾ വളരെ ജാഗ്രതയായിട്ട് ഇരിക്കണം എന്ന് പറയണം മനസ്സ് വെളിയിൽ ആരും നമ്മളെ പറ്റിക്കില്ല നമ്മളുടെ മനസ്സ് തന്നെ പറ്റിക്ക എപ്പോഴും മനസ്സാണോ പറ്റിക്കണത് അല്ലെ ഇരട്ടത്ത് പോകുമ്പോ കയറ് കിടക്കുന്ന സ്ഥലത്ത് പാമ്പാണെന്ന് നെലവിളി കൂട്ടി കയറാണോ പറ്റിച്ചത് കയറ് പാമ്പിന്റെ വേഷം ഇട്ടിട്ട് നിന്നോ കയറൊന്നും പാമ്പിന്റെ വേഷം ഒന്നും നമ്മൾ ഭാവന ചെയ്തു പാമ്പ് പോലെ അതിനെന്ത് ചെയ്യാൻ പറ്റും കയറ് പാവം കയറ് എന്ത് ചെയ്യും മരക്കുറ്റി കണ്ടിട്ട് പ്രേതം കണ്ടതായിട്ട് റിപ്പോർട്ട് പറയുകയും ചെയ്യും വെളുത്ത ഡ്രസ് ഇട്ടിട്ട് നിന്നു ഒരാൾ വന്ന് പറയും വേറെ ഒരാള് പറഞ്ഞു വായില് രണ്ട് പല്ല് ഉണ്ടായിരുന്നു കണ്ടിട്ടേ ഇല്ല അവൻ പറഞ്ഞത് കേട്ടതാണേ ആദ്യത്തെ ആള് വെളുത്ത ഡ്രസ്സ് കണ്ടു രണ്ടാമത്ത ആള് പല്ലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യും മൂന്നാമത്താള് തലമുടിയും ഒക്കെ വിരിച്ചിട്ടിട്ട് നിൽക്കണമെന്ന് പറയും റിപ്പോർട്ട് ചെയ്ത് വരുമ്പോഴേക്കും പ്രേതത്തിന് ജീവൻ ഉണ്ടായി ഇത് എവിടുന്ന് വന്നു സങ്കല്പം അല്ലേ അത് വാസ്തവത്തിലല്ല മനസ്സ് പറ്റിക്കണം നമ്മളുടെ മനസ്സ് തന്നെ നമ്മളെ സദാ പറ്റിച്ചുകൊണ്ടേ യതീശ്വരാന സ്വാമി ഇതിനൊരു കഥ പറയും ഒരാള് കുടിച്ചിട്ട് വരികയാണെ അപ്പൊ കയ്യിൽ ഒരു പെട്ടിയുണ്ട് അപ്പോ ഇയാളോട് ചോദിച്ചു എന്താ പെട്ടിയിൽ അല്പം ബോധമുണ്ട് അപ്പൊ പറഞ്ഞു പെട്ടിയില് കീതിയാണോന്ന് എന്തിനാപ്പൊ ഈ പെട്ടിയില് കീരിയും കൊണ്ട് നടക്കണത് അത് എനിക്ക് ഇത്തിരി അധികം കുടിച്ചാൽ റോട്ടിലൊക്കെ പാമ്പ് കിടക്കണതായിട്ട് തോന്നും അപ്പൊ അത് ഒരു ധൈര്യത്തിന് വേണ്ടി കീരി പിടിച്ചിരിക്കുകയാണ് അത് അഡോ അത് തനിക്ക് തോന്നണതല്ലേ പിന്നെന്തിനാ കീരി കീരിയും അതുപോലെ തന്നെയാണ് സങ്കല്പം കൊണ്ടുള്ള ഭയത്തിന് സങ്കല്പം കൊണ്ടൊരു രക്ഷ രണ്ടും വസ്ത്രത്തിൽ സങ്കല്പം കൊണ്ടൊരു പേടി അതിന് സങ്കല്പം കൊണ്ടൊരു രക്ഷ ഒക്കെ പേടിപ്പിക്കണതും ഭയപ്പെടുത്തുന്നതും മനസ്സ് അപ്പൊ അർജുനനും ഇവിടെ ദുർബലമായിരിക്കുന്നത് വേറെ ആരും കാരണമല്ല അർജുനനെ ആരും ദുര്യോധനാദികൾ പോലും ദുർബലപ്പെടുത്തിയില്ല ഒരാളും ദുർബലപ്പെടുത്തിയില്ല ആരും പേടിപ്പിച്ചില്ല പക്ഷേ അർജുനന്റെ മനസ്സിലുള്ള ആസക്തി അറ്റാച്ച്മെന്റ് ബന്ധുക്കളോടുള്ള അറ്റാച്ച്മെന്റ് തന്റെ സുഹൃത്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ് ശുഭവാസനയാണ് എന്നാലും ആ അറ്റാച്ച്മെന്റ് അർജുനനെ അത്യന്തം ദുഃഖിപ്പിക്കണം അല്ലേ നോക്കണം ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയണതുണ്ടല്ലോ ഘോരസർപ്പം എന്നാണ് ബുദ്ധൻ പറയണത് ഈ ആസക്തി എന്നുള്ള വളരെ സൂക്ഷിക്കണം എപ്പ വേണമെങ്കിൽ അത് കടിക്കും അർജുനന് ഉള്ളിൽ ഇത്ര ഉണ്ടായിരുന്നു സമയത്തിൽ കടിച്ചു അല്ലെ എപ്പോഴാണോ വേണ്ടത് ഇത്രയും കാലം ഇതിന് മുമ്പൊക്കെ മുത്തശ്ശൻ വലിയ കരഞ്ഞിരുന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ യുദ്ധഭൂമിയിൽ എപ്പോ പ്രവർത്തിക്കണമോ അപ്പോഴാണ് ഇവൻ തലതൂക്കണത് ഉള്ളെന്ന് ബുദ്ധൻ പറയണത് പ്രസിദ്ധ ഉദാഹരണം നമ്മൾ ഒരിടത്ത് പ്രഭാഷണത്തിന് പോയി വെച്ചോളൂ നല്ല റൂമ് തന്നു എ സി റൂമ് കിടക്കാൻ സൗഖ്യമായിട്ട് ബെഡും എല്ലാം തന്നിട്ട് രാത്രി കുടിക്കാൻ പാലും കൊണ്ടുവന്നും തന്നു എന്നിട്ട് കിടക്കാൻ പോകുമ്പോ ഒരു പത്ത് മണിയാവുമ്പോൾ വാതിൽ പൊട്ടി അതിൽ മുട്ടിയിട്ട് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നിങ്ങൾ വരുമ്പോ റൂമൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോ എവിടെയോ ഒരു പാമ്പ് ഉള്ളിൽ എവിടെയോ പോയത് പിന്നെ ഉറങ്ങാൻ പറ്റുമോ രാത്രി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റുമോ പിന്നെ എ സി റൂം ആയിരിക്കട്ടെ സൗഖ്യമായിട്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ഉറങ്ങില്ല രാത്രി മുഴുവൻ ഇതിനെ പേടി അതുപോലെ ഇരിക്കണോ അത്രയോ കാരണം ഈ ആസക്തിയാവുന്ന പാമ്പുള്ളിൽ ഉണ്ടോ അത് എപ്പോ വേണമെങ്കിൽ കടിക്കും എപ്പോ തലപൊക്കും എന്ന് പറയാൻ പറ്റില്ല അർജുനന് ഇപ്പൊ തലപൊക്കിയിരിക്കുന്നു എപ്പ വേണമോ അപ്പൊ തലപൊക്കി പക്ഷേ അർജുനൻ ഒരു ബുദ്ധി കാണിച്ചു കൂടെ തന്നെ ഭഗവാനെ പിടിച്ചു വെച്ചു അല്ലേ ശല്യരെയാണ് പിടിച്ചു വെച്ചതെങ്കിലോ നല്ല ബുദ്ധി തനിക്ക് തോന്നി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് തന്നെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല പൊയ്ക്കോ വിട്ടിക്കോ എന്ന് പറയും ശരീരാണെങ്കിൽ ഭഗവാനെ തന്റെ സാരഥിയായിട്ട് വരിച്ചു അർജുനൻ അല്ലേ വേറെ വല്ല സാരഥിയാണെങ്കിലോ എന്തായി മഹാഭാരത യുദ്ധത്തിനെ കുറിച്ചുള്ള വർത്തമാനമൊന്നുമില്ല നമുക്ക് ദുര്യോധനന്റെ രാജ്യം ഉം ഉള്ളതൊക്കെ അതിനനുസരിച്ച് നടക്കും അപ്പൊ അർജുനന്റെ സാരഥിയായിട്ട് ഭഗവാൻ അവിടെ ഉള്ളത് വിജ്ഞാനസാരഥിറിയസ്തുപ്രഗ്രഹവാൻ നരഹാണ് നമുക്ക് ഒരു പക്ഷെ വഴിയറിയില്ലെങ്കിലും നമ്മൾ വഴി പഴച്ചു പോകുമെങ്കിലും ചപലമാണെങ്കിൽ പോലും നല്ല ഒരു ഗൈഡ് ഒരു വഴികാട്ടി ദേശികൻ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട എന്നുവച്ചാൽ നമ്മൾ വഴി തെറ്റി പോകുമ്പോൾ പിടിച്ചുകൊണ്ട് വരാൻ ആളുണ്ടെന്ന് ഭക്തന്മാരൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട് ഭഗവാന്റെ കൃപ ഭഗവാനെ അവര് ഒന്ന് പിടിച്ചപ്പോ ഭഗവാൻ പിന്നെ ഇവരെ പിടിച്ചു ഭഗവാൻ ഇവരെ പിടിച്ചാൽ പിന്നെ വിടില്ല എന്നാണ് അണിക്യവാചകസ്വാമികളുടെ മനോഹരമായ ഒരു പാട്ടുണ്ട് അദ്ദേഹം പറയണോ ഞാൻ ലോകത്തില് കള്ളം പറയുന്ന ഈ ലോകത്തില് ഞാൻ എന്റെ എന്നുള്ള മമതയിൽ പെട്ട് വരഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയുള്ളപ്പോ പരമകൃപാനിധിയായ ഭഗവാൻ വലിവേ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി പരമാനന്ദത്തിനെ എന്റെ വായില് ഊട്ടിവിട്ടുവന്നാണ് നിർബന്ധപൂർവം എന്റെ ഉള്ളിലേക്ക് ആ ജ്ഞാനത്തിനെ പ്രകാശപ്പെടുത്തി നടിത്തു മണ്ണിടൈ പൊയ്യിനെ പലസൈത് നാംഗതിയും മായം കടിത്തമായി മുൻപിനെ മിക്ക കഴറിയേ തിരിവേനെ പിടിത്തു മുൻ ും രണ്ടടി കൊടുത്തു കുതസ്വാദം മാണികചകർ പറയുന്നു ഈ ലോകത്തിലെ നടി മണ്ണിട പല ചെയ്ത് ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ പൊയ്യാണ് കള്ളമാണ് കള്ളമായ വസ്തുക്കളെയൊക്കെ ഉണ്മയെന്ന് കരുതണം അതിനനുസരിച്ച് വ്യവഹരിക്കണം അപ്പൊ ഒക്കെ കള്ളമാണ് വ്യവഹാരം മുഴുവൻ കള്ളം പൊയ്യനെ പല ചെയ്ത് അതിൽ നിന്നും ഉണ്ടാവണത് നാൻ മായം ഞാൻ എന്റെ എന്നുള്ള അഹങ്കാരം അത് പ്രബലപ്പെട്ട് പ്രബലപ്പെട്ട് വന്നു കടിത്തേനി അത് ഒരു പാമ്പ് അഹങ്കാരമാവുന്ന പാമ്പ് കടിച്ചു മുൻവിനൈമിക്കഴറിയെ അത് പോരാതെ ഒരു വിഷം പ്രാരമാവുന്ന വഷം വരെ പഴയ കർമ്മങ്ങളുടെ എഫക്റ്റ് മുൻവിനൈമിക്കഴറിയേ തിരിവേന ഈ സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിടിത്തു മുൻനിർപ്പെറൈതേടിയ അറും പൊരുൾ വേദങ്ങളൊക്കെ ഏതൊരു പരമപുരുഷനെ അന്വേഷിക്കുന്നു ആ പരമപുരുഷൻ എന്നെ വന്ന് പിടിച്ചു എന്നാണ് പിടിച്ച് വിളിച്ചാൽ അത്ര പെട്ടെന്നൊക്കെ വരുവോ വരില്ല കാരണം എന്താ വിഷം തിന്ന് പഠിച്ചുപോയി ഇനി അമൃതമൊന്നും കൊടുത്താൽ രുചിക്കില്ല അല്ലെ ലൗകിക വിഷയങ്ങളിൽ തിന്ന് അത് തന്നെ സുഖമെന്ന് കരുതിയിരിക്കുന്ന ജീവനെ പിടിച്ച് അമൃതം ഊട്ടിയാലും പിടിക്കില്ല അപ്പൊ ഭഗവാൻ ചെയ്യണത് എന്താ അടിത്ത് അടിത്ത് വിളിച്ചാൽ നേരെ ചൊവ്വേ വരില്ലെങ്കിലോ നാലടി അടി എന്താ ദുഃഖം അല്ലേ ചില ജീവൻ അധ്യാത്മമാർഗത്തിൽ പക്വമായിട്ടുണ്ടാവും പക്ഷേ ഹാബിറ്റ് കാരണം പരിശീലനം കാരണം വീണ്ടും വീണ്ടും ലൗകികത്തിലേ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഭഗവാൻ ചില ലെറ്റർ അയക്കും ഇനി മേലാൽ നീ ലൗകികത്തിലേക്ക് പോകരുത് ഇങ്ങോട്ട് തിരിക ആ ലെറ്റർ എന്താന്ന് വെച്ചാൽ ദുഃഖം ഓരോ ദുഃഖം വരുമ്പോഴും സ്വാമി രാമതീർത്ഥൻ പറയും ആ ദുഃഖത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ യു ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ സിഗ്നേച്ചർ ഓഫ് ദ ലോഡ് ആ ദുഃഖത്തിൽ ഭഗവാന്റെ കൈ കൈഒപ്പ് കാണാം ഭഗവാൻ വിളിക്കുക അത്രേ മതി നീ ലോകത്തിൽ കളിച്ചുതൊക്കെ മതി ഇങ്ങോട്ട് വരുമെന്ന് എന്നിട്ടും കേട്ടില്ലെങ്കിലോ ടെലഗ്രാം അടിക്കും കുറച്ചുകൂടെ പ്രബലമായിട്ടുള്ള ദുഃഖം വരും എന്നിട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെലപ്പോ വിളിച്ചു പറയും എന്നിട്ട് കേട്ടില്ലെങ്കിൽ ആളയക്കും അടിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പൊ അത്രക്കൊന്നും വേണ്ട എന്നാണ് അടിത്ത് അക്കാരം മുന്തി അടിച്ചടിച്ച് അമൃതത്തിനെ വായിൽ ഊട്ടി എന്നാണ് അക്കാരം എന്ന് വെച്ചാൽ കൽക്കണ്ട് മധുരം അദ്ഭുതം അറിയേനെ ആ ആശ്ചര്യം ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അതിന് ഹൗ ടു കൺവേറ്റ് എങ്ങനെ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റും ആ അനുഭൂതിയുടെ ആഴത്തിനെങ്ങനെ പറയാൻ പറ്റും ഇവിടെ അർജുനന് തന്നെ അത് തെളിവ് അല്ലെ ഭഗവാനെ കൂട്ടുപിടിച്ചു ഭഗവാൻ ഇത്രകാലം വണ്ടിയില്ല ഇത്ര കാലം അർജുനൻ കളിച്ചു നടന്നു ശയ്യാസന അടനസ്ഥാന സ്നാന ക്രീഡ അശനാതിഷു എപ്പോഴും കൂടെയുണ്ട് കൃഷ്ണൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അല്ലേ അർജുനും എപ്പോഴെങ്കിലും ഭഗവാനോട് വല്ലതും ചോദിച്ചുവോ ഒന്നും ചോദിച്ചില്ല ഇനിയാണ് ചോദിക്കാൻ പോണത് ഇത്രയും കാലം ചോദിച്ചില്ല ഇത്രയും കാലം വേറെ എന്തൊക്കെയോ ചോദിച്ചു ഇല്ലേ സൗ സുഭദ്രയെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞു ഭഗവാൻ വന്ന് കൊണ്ടുപോയിക്കോ ഭഗവാൻ ഒരേ വാക്കേ അറിയുള്ളൂ എന്ത് ചോദിച്ചാൽ ശരിയെന്ന് പറയൂ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശരി എന്ന് പറയും അത് ഭഗവാന്റെ സ്വഭാവമാണ് ഞാൻ തെറ്റ് ചെയ്യാൻ പോണു ശരി നല്ലത് ചെയ്യാൻ പോകണു ശരി എല്ലാത്തിനും ശരി ഇപ്പൊ അർജുനൻ ഇവിടെ യുദ്ധഭൂമിയിൽ തേര് കൊണ്ട് നിർത്താൻ പറഞ്ഞപ്പോഴും ശരി എന്ന് പറഞ്ഞു ഇപ്പൊ കരഞ്ഞു ദുഃഖിച്ചു ഒരുപാട് ദുഃഖിച്ചപ്പോഴാണ് രണ്ടടി കൊടുത്തത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക് ഉഷ്ടപരം തപ എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടെ പൂർണ്ണമായിട്ട് റെസിസ്റ്റൻസ് പോയിട്ടില്ല ആദ്യത്തെ അധ്യായത്തിലെ വിഷാദയോഗത്തിൽ ഒന്ന് കുറെയൊക്കെ പ്രസംഗം ചെയ്ത് നിർത്തി ഇപ്പൊ സാഖ്യയോഗത്തിലും അർജുനന്റെ ആ പറയാനുള്ള വാസന ഇനിയും പോയിട്ടില്ല അല്ലേ ചിലര് പറയാനേ അറിയുള്ളൂ കേൾക്കാനേ അറിയില്ല കേൾക്കാൻ പഠിക്കണവരെ അവരോട് പറയാൻ പാടില്ല എന്നത് ശ്രവണം ചെയ്യാൻ ഇച്ഛയുള്ളവനെ ഉപദേശിക്കൂ എന്നാണ് നിയമം എന്നുവെച്ചാൽ എന്താ അർത്ഥം ലിസണിങ് പറയണത് അതൊരു ഒരു കലയാണ് ആർട്ടാണത് കല എന്ന് പറയാൻ പാടില്ല അതൊരു പക്വതയാണ് ഒരു മെച്യൂരിറ്റിയാണ് ശ്രവണം ചെയ്യണമെന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല രണ്ടാളുകൾ തമ്മിൽ വർത്തമാനം പറയണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ വിചാരിക്കും ഒരാൾ പറയണോ മറ്റേയാൾ കേൾക്കണോന്നാണ് അങ്ങനെയല്ല അയാൾ നിർത്താൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ അയാൾ നിർത്തിയാ ഇയാൾ തുടങ്ങും പലപ്പോഴും നോക്കൂ രണ്ടും തമ്മിൽ യാതൊരു സംബന്ധം ഉണ്ടാവില്ല അയാൾ നിർത്തിയാ ഇയാൾ തുടങ്ങും അയാൾ ഇയാൾ നിർത്തി അയാൾ തുടങ്ങും രണ്ടുപേരും ഒരാൾ ഒരാൾ പറഞ്ഞ് കേൾക്കുക എന്നുള്ളത് ലോകത്തില് വളരെ അപൂർവം ശ്രവണം അത്ര ഈസി ഒന്നുമല്ല നമ്മൾ വിചാരിക്കണോ അത്രയും രാവിലെ നേരത്തെ എഴുന്നേൽക്കണു നമ്മള് എത്ര കിളികൾ വർത്തമാനം പറയണ്ടോ അറിയുക കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ സംഗീതമൊന്നും വേണ്ട പാട്ടുകാവിലെ എണീറ്റ് ഉള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ നിലവിളിക്കണ്ടല്ലോ കാസറ്റ് അല്ലെ അതിന്റെ ഒന്നും ആവശ്യമില്ല മനോഹരമായിട്ട് ഓരോ കിളികൾക്കും ഓരോരോ ഭാഷയുണ്ട് വേദം ചൊല്ലുന്ന പോലെ മധുരം ശരിക്കും പറഞ്ഞാൽ വേദത്തിനേക്കാളും മധുരം എന്ന് പറയണം എന്താന്ന് വെച്ചാൽ വേദമെങ്കിലും പഠിച്ചിട്ട് ചൊല്ലുകയാണ് അത് ഹൃദയത്തുനിന്ന് ചൊല്ലണോ പ്രകൃതിയെ ആനന്ദത്തിൽ ഓരോന്നും ശബ്ദിക്കണത് ചലയ്ക്കുന്നത് കേട്ടാൽ ആ ശ്രവണം തന്നെ ധ്യാനമാണ് ശരിയായ ശ്രവണം ധ്യാനമാണ് ശ്രവണം ചെയ്യാമെങ്കിൽ കിളികളുടെ ചലയ്ക്കൽ വായുവീശണത് ശ്രവിക്കാം നല്ല ആഴത്തില് ശ്രവിച്ചു പഠിച്ചാൽ നിശ്ചലതയെ ശ്രവിക്കാൻ കഴിയും സൈലൻസിനെ പോലും ശ്രവിക്കാൻ കഴിയും ശ്രവണം അത്ര കണ്ട് ആഴത്തിലായ ശ്രവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ശ്രവിക്കണവരെ ഭഗവാൻ വായു തുറക്കുന്നില്ല അങ്ങനെ ശ്രവിച്ച് ശ്രവിച്ച് നമ്മളുടെ ഉള്ളില് ശ്രവണം തുടങ്ങും നമ്മൾ സാധാരണ വേദാന്തത്തിൽ ശ്രോതവ്യോ മന്ത്രവ്യോ നിധിധ്യാസിതവ്യ ശ്രവണം മനനം നിധിധ്യാസനം വേദാന്തവാക്യങ്ങളെ കേൾക്കണം അതിനെ മനനം ചെയ്യണം നിധിധ്യാസനം ചെയ്യണം എന്നാണ് സാധാരണ പറയുക ഭഗവാൻ രമണ മഹർഷി ഇതിന് പറയും ആന്തരിക ശ്രവണം ആന്തരിക മനനം ആന്തരികനിധിധ്യാസനം എന്നുണ്ടെന്ന് ആന്തരിക ശ്രവണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള മനസ്സിന്റെ ആ ധ്വനി സ്വനം അതിനെ കേൾക്കാം സ്ഫൂർത്തിയുടെ ശബ്ദം കേൾക്കാം അഹം അഹം അഹം അഹം എന്നുള്ള നർത്തനം ഉള്ളിലുണ്ട് അതിനെ ശ്രവിക്കൽ ആന്തരിക ശ്രവണം അതിനെ മറ്റു വൃത്തികളിൽ മാറ്റി നിർത്തി വിടാതെ ഗ്രഹിക്കുന്നത് മനനം അവസാനം മറ്റു വൃത്തികളൊക്കെ ഒഴുങ്ങി ആ പ്രജ്ഞ അഹംപ്രജ്ഞ അഹംബോധം മാത്രമായി നിൽക്കുന്നത് നിതിധ്യാസനം നിർവികൽപസ്ഥിതി അപ്പൊ ശ്രവണം ഉള്ളിലേക്കാണ് ആന്തരികമാണ് ഇപ്പൊ അർജുനൻ ഇപ്പൊ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാൻ കാര്യമായിട്ടുള്ള ഉപദേശമൊന്നും പറഞ്ഞില്ല ശ്രവിക്കാത്തൊരു എളുപ്പല്ല എന്ന് ഭഗവാനും അറിയാം അതുകൊണ്ട് ഇത്ര കാലം ഭഗവാൻ എപ്പൊ മുമുക്ഷുത്വം വരണമോ അപ്പൊ ഉപദേശിക്കൂന്നാണ് അപൃഷ്ടേന ബ്രൂയ്യാതെന്നാ പറയാ ചോദിച്ചില്ലെങ്കിൽ പറയാൻ പാടില്ല അതാണ് ജനകമഹാരാജാവ് സദസ്സിൽ പറഞ്ഞു വേദാന്തപരമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് ഉത്തരം പറയുന്നവർക്ക് നൂറ് പശു കൊമ്പില് പൊന്ന് കെട്ടിയത് ആർക്കാ വേണ്ടത് പറയാ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ചില അപമാനമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പലരും എഴുന്നേറ്റില്ല യാജ്ഞവലിക്കുന്ന എഴുന്നേറ്റ് നിന്നു എന്നിട്ട് യാജ്ഞവൽക്യം പറഞ്ഞു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു പശുവിനെയൊക്കെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാന്ന് അപ്പൊ അവിടുത്തെ ബ്രാഹ്മണർ പലരും എഴുന്നേറ്റെന്ന് പറഞ്ഞു ഏ അങ്ങ് ഉത്തരം പറയണതിന് മുമ്പ് എന്താ പശുവിനെ ആശ്രമത്തിൽ കൊണ്ടുപോകാൻ പറയണത് ആജ്ഞവൽക്യം പറഞ്ഞു ഉത്തരം പറയണതൊക്കെ ഇരിക്കട്ടെ ഇപ്പൊ എനിക്ക് തൽക്കാലം പശുവിനെ വേണം അതുകൊണ്ട് പശുവിനെ കൊണ്ടുപോകാൻ പറയണു ഞാൻ പറയാൻ പോണ കാര്യം കേൾക്കണമെങ്കിൽ അതിന് ഈ പശു ഒന്നും പോരാ ഈ പശുവിനെ കൂലി തന്നാലൊന്നും പോരാ അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല ഞാൻ പറയാൻ പോണ തത്വം തെളിയണമെങ്കിൽ ഈ സമുദ്രം ചൂഴുന്ന ആഴി ചൂഴുന്ന ഈ ഭൂമി തന്നാൽ പോലും നിരക്കില്ല തഥോ ഭൂയഹ പിന്നെയാണോ ഈ പശു എന്നാ പിന്നെ അങ്ങ് ബ്രഹ്മനിഷ്ഠനാണ് ഞാൻ പശുവേ വേണ്ടാലോ ആ പശുവിനെയൊക്കെ ഞങ്ങൾക്ക് ദാനം തരൂ എന്ന് പറഞ്ഞു അവിടെയുള്ളവർ ആ കാര്യം അവിടെ ഇരിക്കട്ടെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു തൽക്കാലം ഞാൻ ബ്രഹ്മനിഷ്ഠനല്ല പശുകാമനാണ് ഇപ്പൊ എനിക്ക് പശുവിനെ വേണം അങ്ങനെ പറഞ്ഞത് കൊണ്ടിപ്പോ ബ്രഹ്മനിഷ്ഠ പോവൊന്നുമില്ല എന്നിട്ട് ഈ ബ്രഹ്മവിദ്യ യാജ്ഞവൽക്കൻ ജനകന് പറയുന്നു ആ ശ്രവണത്തിനുള്ള പക്വത ജനകന് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് ജനകനെ ഈ ആജ്ഞബലിക്കൻ ഈ ബ്രഹ്മവിദ്യ പറയും പതുക്കെയാണ് ഓരോ ചോദ്യങ്ങളായി ചോദിച്ച് ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം അല്ലാതെ പശു തന്നത് കൊണ്ടല്ല ശ്രവിക്കാനുള്ള പക്വത ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഉപനിഷത്തിലൊക്കെ നോക്കുക ഈ പ്രശ്നോപനിഷത്തില് ശിഷ്യന്മാര് ചെന്ന് ചോദിക്കുമ്പോ പത്ത് വർഷം എന്റെ കൂടെ താമസിക്കൂന്ന് പറയും ഓരോരിക്കും ചോദ്യം ചോദിക്കുമ്പോ പത്ത് വർഷം കുറച്ചു കാലം ബ്രഹ്മചാരിയായിട്ട് എന്റെ കൂടെ ഇരിക്കും എന്നിട്ട് ഉത്തരം പറയാം എന്നുവെച്ചാൽ പക്വത ഉണ്ടോ എന്ന് അറിയണം അപ്പൊ ശ്രവണം വളരെ സൂക്ഷ്മമാണ് അർജുനൻ ശ്രവണത്തിന് തയ്യാറാവാൻ ഇനി കുറച്ചുകൂടെ ബാക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഉള്ളിലുള്ളതൊക്കെ പറഞ്ഞു തീർക്കണം എന്നാലേ ചിലപ്പോ കേൾക്കുള്ളൂ അല്ലെങ്കിൽ കേൾക്കില്ല പലരും നമ്മളുടെ അടുത്ത് സംശയം ചോദിക്കാനുണ്ട് എന്ന് വന്നിട്ട് വരും സംശയമൊന്നും അവർ ചോദിക്കുകേ ഇല്ല വളരെ രസമാണ് ധാരാളം വരെ കണ്ടിട്ടുണ്ട് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കും നമ്മൾക്കൊന്നും പറയണ്ട പറഞ്ഞോണ്ടിരുന്ന അവര് കൊറേ പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ ഇടയിൽ വലതും പറഞ്ഞാലും അവര് കേൾക്കുമെന്നില്ല ആ പറയണ ഒരു രണ്ട് മിനിറ്റ് നിർത്തും പിന്നെയും അവർ പറയും അപ്പൊ എന്താ അവര് കേൾക്കാൻ തയ്യാറല്ല അവർക്കുള്ളത് ആരുടെ അടുത്തെങ്കിലും ഒരാളുടെ അടുത്തും പറയണം ആ പറയണത് കേൾക്കാൻ ഒരാൾ വേണം അത്രേ ഉള്ളൂ അപ്പൊ അവർക്ക് ശ്രവിക്കാൻ ഒരാൾ വേണം അവര് ശ്രവിക്കാൻ തയ്യാറല്ലെങ്കിൽ പറയണ്ട ശ്രവണം വരാൻ നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾ കുറെ അധികം ക്ഷയിക്കണം അപ്പൊ അർജുനന് ഇനിയും ഭഗവാന്റെ വൈഭവവും പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടില്ല അപ്പൊ ഇനി കുറച്ചുകൂടെ പറഞ്ഞു തീർക്കാനുണ്ട് ഇപ്പൊ ഭഗവാൻ ചീത്ത വിളിച്ചല്ലോ അർജുനനെ എവിടുന്ന ഈ ദൗർബല്യം വന്നത് ഈ ആണും പെണ്ണും കേട്ട അവസ്ഥ വന്നതോ എന്ന് ചോദിച്ചല്ലോ അപ്പോ അർജുനൻ ആദ്യ കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതാണ് അടുത്ത ശ്ലോകങ്ങള് അർജുനോ വാച കഥം ഭീഷമഹം സഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭർ പ്രതിയോത്യാമി പൂജർഹാവരിസൂദന ഗുരൂനഹി മഹാഭാവാൻ ശ്രേയോ ഭൈക്ഷ്യമപീഹ ലോകാമാംസ്തു ഗുരുനിഹൈവ ഭഗവാന് അങ് മധുസൂദനാണ് മധു ഒരു അസുരനായിരുന്നു അതുകൊണ്ട് കൊല്ലാം കൊഴപ്പില്ല പക്ഷെ എന്റെ മുമ്പിൽ നിക്കണത് അസുരന്മാരല്ല ഗുരുക്കന്മാരാണ് കഥം ഭീഷ്മം ദുരോ ദുര്യോധനനൊക്കെ പോട്ടെ പക്ഷെ ഈ നിക്കണത് ആരാ കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം എന്റെ മുതുമുത്തശ്ശനും മഹാത്മാവുമായിട്ടുള്ള ഭീഷ്മർ ഒരു വശത്ത് നിൽക്കുന്നു എനിക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യര് മറ്റു വശത്ത് നിൽക്കുന്നു കഥം ഭീഷ്മെ ദ്രോണം ച മധുസൂദന അവരെയൊക്കെ പുഷ്പം കൊണ്ട് പൂജിക്കേണ്ടവരാ കഥം പ്രതിയോത്സ്യാമി അസ്ത്രം കൊണ്ട് അവരെ ഞാൻ എങ്ങനെ നേരിടും അവരാരാ പൂജാർഹവും ഇവര് രണ്ടുപേരെയാണ് മുഖ്യമായിട്ട് പറയുന്നത് ഇവര് രണ്ടുപേരും പൂജാർഹരാണ് പൂജിക്കേണ്ടവരാണ് പൂജാർഹൌ അരിസൂതന ഹേ അരിസൂതനായ ഭഗവാനെ ശത്രുക്കളെ കൊന്നിട്ടുള്ളവരെ കൊന്നിട്ടുള്ളവനാണ് അരിസൂതന പക്ഷെ ഇവരൊന്നും എന്റെ ശത്രുക്കളല്ലോ ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും ഗുരൂൻ അഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോഭോക്തും ഭക്ഷ്യമപീഹലോക്കെ ഈ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഭോഗം അനുഭവിച്ചാൽ രക്തം പുരണ്ട ഭോഗമായിരിക്കും അത് അതുകൊണ്ട് ഇവരെ കൊല്ലാതെ ഭിക്ഷാന്ഹിയായിട്ട് നടന്നാലും വേണ്ടില്ല ഭക്ഷ്യമപീഹ അർജുനന്റെ ഭാവമൊക്കെ ശുദ്ധമാണ് ഭക്ഷ്യമപീഹ ലോക ഗുരൂനഹത് മഹാനുഭാവാൻ ശ്രേയോഭോക്തും ഭൈക്ഷ്യമപീഹ ലോക ഇവരൊക്കെ അർത്ഥകാമന്മാരാണ് ശരി എന്നാലും അർത്ഥകാമന്മാരായിട്ടാണ് അവരെ മുമ്പിൽ നിൽക്കുന്നത് എങ്കിലും അവരെ കൊല്ലാൻ പാടില്ല ഭുഞ്ചീയഭോഗാൻ രുതിരപ്രദിക്താൻ രക്തം പുരണ്ട ഭോഗങ്ങളായിരിക്കും അനുഭവിക്കണത് എന്ന് പറഞ്ഞാലും ഭഗവാന്റെ മുഖം നമ്മളൊന്ന് ഭാവന ചെയ്യണം അർജുനൻ ഇതൊക്കെ പറയുമ്പോൾ മഹാത്മാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാവം നമുക്ക് മനസ്സിലാവും നമ്മൾ പറയും അവരിങ്ങനെ ഇരിക്കും നിർവീകാരരായിട്ടിരിക്കും നമ്മൾ പറയണ അർത്ഥമില്ലാത്ത വാക്കുകളൊക്കെ അവരിൽ ചെന്ന് തട്ടിയിട്ട് യാതൊരു എഫക്റ്റും ഉണ്ടാക്കാതെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും ബൗൺസായി ഇങ്ങോട്ട് വരും വരുമ്പോ നമുക്ക് ഓരോരിക്കും ബൗൺസായി വരുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ വിഡിത്തമ്പളമ്പാണ് കുറെ നേരം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും കാരണം എന്താ അവിടെ നിശ്ചലമാണ് ഒന്നിനും റെസ്പോൺസ് ഇല്ല ഭഗവാൻ റെസ്പോൺസ് ഇല്ലാതിരിക്കുക അപ്പൊ ഭഗവാന്റെ സമ്മതമില്ലാന്ന് അർജുനൻ കുറച്ച് കുറച്ച് മനസ്സിലായി തുടങ്ങി നചൈതന്നോ ഗരീയോ യേമ യഥി വയു ജീവിഷിതാഹാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ ഒരു ശ്ലോകത്തിനും കൂടെ പറഞ്ഞു ഭഗവാനെ ഏതാണ് നമുക്ക് ശ്രേഷ്ഠം എന്ന് എനിക്ക് അവര് നമ്മളെ ജയിക്കൂ അല്ല നമ്മൾ അവരെ ജയിക്കോ ഒന്നും പറയാൻ പറ്റൂല ആരെ കൊന്നിട്ടാണോ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത് അവരിതാ എന്റെ മുമ്പിൽ നിൽക്കണു ഇവരെയൊക്കെ കൊന്നിട്ട് ജീവിച്ച ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ജീവിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അർജുനന് തനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായി അത് വളരെ പ്രധാനമായൊരു സ്റ്റേജ് ആണ് അല്ലേ ഒരാ പിടിച്ചിട്ട് ഡോക്ടറുടെ അടുത്ത് പോയാൽ ഭ്രാന്തനു ഭ്രാന്തണ്ട് എന്ന് തോന്നിത്തുടങ്ങിയാൽ പകുതി ഭ്രാന്ത ഗുണമായി എന്നർത്ഥം അല്ലെങ്കിൽ ഭ്രാന്തന്മാര് ഒരിക്കലും സമതിക്കില്ല അവർക്ക് ഭ്രാന്തണ്ട് അവര് പറയും ബാക്കിയുള്ളവർക്കൊക്കെ ഭ്രാന്താണോന്ന് പറയും അപ്പോ അല്പം നമുക്ക് വ്യാധി ഉണ്ടോ തോന്നുന്നത് വളരെ പ്രധാനം അപ്പൊ അർജുനന് തോന്നിത്തുടങ്ങി തനിക്ക് എന്തോ കുഴപ്പം കാര്യമായി കുഴപ്പമുണ്ട് അല്ലെങ്കിൽ തോന്നില്ല aganeulla aale edam padipikkaan man who knows that he knows not is humble teach him man who knows not that he knows not is arrogant leave him man who knows that he knows is wise learn from him അറിയില്ല എന്നറിയണത് ഒരു സ്റ്റേജാണ് അറിയില്ല എന്നും അറിയാത്തവരുണ്ടല്ലോ അവർക്ക് വാസ്തവത്തിൽ അറിയില്ല പക്ഷെ അറിയില്ല അറിയില്ല അറിയുന്നു വിചാരിച്ചിരിക്കും അവർക്ക് ഉപദേശിക്കാൻ പാടില്ല ഉപദേശിച്ചാൽ ഒരു പ്രയോജനം യാതൊരു വിധത്തിലും പ്രയോജനപ്പെടില്ല കൊരങ്ങിനെ ഉപദേശിച്ച പോലെയാവും പക്ഷേ ജാതക കൊരങ്ങന് തീണ്ടാക്കണന്ന് ആഗ്രഹം വന്നു അത്രേ അപ്പോ കൊറേ ഇല ഉണങ്ങി ഇലയെ കൂട്ടി വെച്ചിട്ട് കൊരങ്ങൻ ഒരു മിന്നാമിനുങ്ങിനെ പിടിച്ച് അതിൽ വെച്ചു തീയാണോ പറഞ്ഞിട്ട് ഊതു ഊതു ഊതു ഊതു ഊതിക്കൊണ്ടിരിക്കണു അപ്പൊ അവിടെ ഇരിക്കണ ഒരു കുരുവി പറഞ്ഞു കേട്ടോ കൊരങ്ങ മിന്നാമ്പിനുങ്ങാണ് തീ പിടിക്കില്ലാന്ന് പറഞ്ഞു കൊരങ്ങൻ പറഞ്ഞു നീ മിണ്ടാതിരിക്കടേ എനിക്കറിയാം പിന്നെയും ഊതി കുരുവിക്ക് പാവം വിഷമം ഈ കുരങ്ങൻ ഇങ്ങനെ കഷ്ടപ്പെടണമല്ലോ അപ്പൊ നല്ലവണ്ണം പറഞ്ഞു കൊടുത്തുണ്ടോ അത് തീയല്ല അത് മിനാമിനുങ്ങാണ് അതൊരു പ്രാണിയാണ് അത് തീയൊന്നും പിടിക്കില്ല അതിൽ തീ ഇല്ല എടീ തീ കണ്ട എനിക്കറിയാം നൻ്റെ ഉപദേശം വേണ്ട പിന്നെയും കുരുവി പറഞ്ഞു പറഞ്ഞപ്പോ കുരുവിയെ പിടിച്ച് നിലത്തൊരടി ഈ കൊരങ്ങന്റെ കൈ കൊണ്ട് മരണം കാരണം എന്താ വിവരം കേട്ട ഉപദേശിക്കാൻ പോയാൽ കുഴപ്പം അറിയില്ല എന്ന് അറിയില്ല അറിയില്ല എന്ന് അറിഞ്ഞാലോ ഒരു താഴ്ച വരും അപ്പോ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാകും അല്ലെ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാവും അതുകൊണ്ട് വലിയ അനുഗ്രഹം ഉണ്ടാവും ഇന്നലെ രമണ മഹർഷിയുടെ കഥ പറയുമ്പോ പറഞ്ഞല്ലോ കാവ്യകണ്ഠ ഗണപതി മുണി മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം സകല ശാസ്ത്രങ്ങളും പഠിച്ച അദ്ദേഹത്തിന് തന്നെ പത്തായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു അവർക്കൊക്കെ അദ്ദേഹം മന്ത്രദീക്ഷ കൊടുത്തിരുന്നു ശാസ്ത്രം പഠിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ് രമണ മഹർഷിയുടെ മുമ്പിൽ ചെന്ന് ഭഗവാനെ ഞാൻ ശാസ്ത്രങ്ങളും മുഴുവൻ പഠിച്ചു കഠിനമായി തപസ് ചെയ്തു യോഗസാധനകളൊക്കെ ചെയ്തു കുണ്ടലിനീ ശക്തിയുടെ പ്രവാഹം പോലും അനുഭവിച്ചിട്ടും എനിക്ക് സമാധാനമില്ല യഥാർത്ഥ തപസ് എന്താണ് എന്ന് മഹർഷിയോട് ചോദിച്ചതുകൊണ്ട് ആ വിനയത്തിന്റെ ഫലമായിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായി അത്ര ദിവസം വർത്തമാനം പറയാതിരുന്ന രമണ മഹർഷി ആദ്യമായിട്ട് വായെ തുറന്ന് ആ മഹാ ഉപദേശം വെളിയിൽ വിട്ടു അല്ലേ കാവികണ്ണൻ ചോദിച്ചത് ഞാൻ ആര് എന്നുള്ള ആത്മവിചാര മാർഗത്തിനെ മഹർഷി ആദ്യമായി തുറന്നു വെച്ചത് അതിന്റെ ഫലം എന്താ ഇത്രയും സൂക്ഷ്മമായ അറിവിന്റെ മണ്ഡലത്തിൽ പോയിട്ടും ഗണപതി മുനിക്ക് തോന്നി തനിക്ക് ശരിക്ക് കിട്ടിയിട്ടില്ല ആ വസ്തുവെന്ന് തോന്നിയ വിനയത്തിന്റെ പരിണത ഫലമാണ് വലിയ അനുഗ്രഹം ഉണ്ടാക്കിയത് അപ്പൊ അറിയില്ല അറിയില്ല എനിക്ക് അറിയില്ല അവസ്ഥ എനിക്ക് അറിയില്ല എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോ അറിഞ്ഞോളാം എന്നുള്ളത് മറ്റല്ല ഉള്ളിൽ നരേന്ദ്രനാഥ് ദത്തയായിട്ട് ഇരിക്കുമ്പോ അറിയില്ല തീ പോലെ വന്നു എന്താ അറിയില്ല ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ അറിയില്ല ഈശ്വരൻ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഇപ്പൊ എനിക്ക് എന്താണു ഉണ്ണോ ഇറങ്ങണം ഇപ്പൊ ഈശ്വരൻ ഉണ്ടായിരുന്നിട്ടിപ്പ എന്താ പ്രയോജനം എന്നുള്ള മട്ടാണെങ്കിലോ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു നരേന്ദ്രനാഥ് ദത്ത ഈശ്വരൻ ഉണ്ടോ എന്ന് ആ ചെറിയ പതിനേഴ് വയസ്സുള്ള കുട്ടി തലയ്ക്ക് തീ പിടിച്ച പോലെ ഓടി നടന്നു അന്വേഷിച്ചുകൊണ്ട് ഈശ്വരനെ കണ്ടെത്താൻ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛൻ ഗംഗയുടെ ഉള്ളില് ബോട്ട് നിർത്തിയിട്ട് ആരും തന്നെ തടസ്സം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു കുടില് ബോട്ടിൽ കെട്ടി ആ ബോട്ടിൽ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു അപ്പൊ ആരോ പറഞ്ഞു അദ്ദേഹത്തിനോട് ചെന്ന് ചോദിക്കൂ നരേന്ദ്രനാഥൻ ഗംഗയിൽ ചാടി നീന്തി പോയി ബോട്ടിൽ കയറി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തട്ടി വിളിച്ചു നോക്കണം എത്ര ഉത്കടമാണ് തട്ടി വിളിച്ചിട്ട് ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാ തുടങ്ങി അദ്ദേഹം കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തനിക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും തന്റെ കണ്ണ് യോഗിയുടെ കണ്ണു പോലെയുണ്ട് അതിലൊന്നും അദ്ദേഹം വേണില്ല ഇതൊക്കെ ഒരു ടെക്നിക്കാണേ നമ്മൾ ആദ്യവും ആരെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരവറിയില്ലെങ്കിൽ എന്ത് വേണോ അറിയോ ചോദിക്കുന്ന ആളെ നല്ലവണ്ണം ഒന്ന് പുകഴ്ത്തണം നിങ്ങളുടെ മുഖം കണ്ടാത്തനെ എന്തൊരു തേജസ് അയാൾ കയറി ഇറങ്ങുമ്പോഴേക്കും നമുക്ക് പോവാം ഉത്തരമറിയില്ലെങ്കിൽ ചോദ്യം ചോദിച്ച ആളെ ഒന്ന് പുകഴ്ത്തണം ഇങ്ങനെയൊരു ചോദ്യം ആരുമേ ചോദിച്ചിട്ടില്ല ആദ്യത്തെ വാക്കാതാണ് അപ്പൊ ഈ ഉള്ളു കുളിർന്ന് അയാൾ ചോദിച്ചതേ മറന്നുപോകും നരേന്ദ്രനാഥൻ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ദേവേന്ദ്രനാഥ ടാഗോർ കുറച്ചുനേരം ദത്രാപിത്ര കളിച്ചു കണ്ണു യോഗിയുടെ പോലെ ഇണ്ട് തനിക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും അടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം തൃപ്തിയായില്ല അരി എത്ര ചോദിച്ചാ പൈറങ്ങാഴി എന്ന് പറയണു കൂട്ടലെ ഈ ചോദിച്ച ചോദ്യം വരെ കിട്ടിയ ഉത്തരം വരെ ഈ ഉത്കണ്ഠയോടുകൂടെ സത്യം കണ്ടെത്താനുള്ള ജിജ്ഞാസയോടുകൂടിയാണ് രാമകൃഷ്ണ പരമംസരുടെ മുമ്പിൽ ചെന്ന് ഈശ്വരനെ അങ്ങ് കണ്ടിട്ടുണ്ടോ അതിന് ശ്രീരാമകൃഷ്ണപരമാംസർ പറഞ്ഞ ഉത്തരം വിവേകാനന്ദ സ്വാമി പിന്നീട് പറയുന്നു ആ വാണി ഞാൻ എവിടെയോ കേട്ട വാണിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞെ ഞാൻ അറിയും തന്നെ ഞാൻ എങ്ങനെ കാണുന്നു അതിനെക്കാളും അടുത്ത് എന്നിൽ ഞാനായി സ്വരൂപമായി അതിനെ ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല തനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാനും പറ്റും ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ല തനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാനും പറ്റും തയ്യാറാണെങ്കിൽ വിവേകാനന്ദ പിന്നീട് ഇത് പറയുന്നു വേദാഹം ഏതം പുരുഷം മഹാന്ം ആദിത്യവർണം തമസസ്തുപാരെ എന്ന് ഉപനിഷദ് ഋഷി വേദകാലത്തിലുള്ള ഋഷി ഏതൊരു വാക്കുച്ചരിച്ചോ അഹം പുരുഷം വേദ ആ പരമപുരുഷനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞില്ലേ അതേ ബലത്തോടുകൂടിയാണ് രാമകൃഷ്ണദേവൻ ഞാൻ കണ്ടിട്ടുണ്ടോ കുട്ടി എന്ന് പറഞ്ഞാണ് അപ്പൊ അതിന് പുറകിൽ എന്താ കാരണം എവിടുന്ന് നരേന്ദ്രനാഥിന് ഇതിൽ കിട്ടി ഉള്ളിൽ തീ പോലെ തനിക്ക് അറിയില്ല എന്നുള്ളത് വന്നു അല്ലാതെ അറിയില്ല എന്നുള്ളത് വെറു ഒരു തോട്ടല്ല വിശപ്പ് പോലെ അപ്പൊ എന്താ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താ വിശക്കണമെങ്കിൽ എന്ത് ചെയ്യും വിശക്കണോ വിശക്കണോ വിശക്ക് വിശപ്പിനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും വിശക്കുമ്പോ വിശപ്പിനെ കുറിച്ച് പോയിട്രി എഴുതുക ഇല്ല വിശക്കുമ്പോ വിശപ്പിനെ കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കവിത നിങ്ങൾക്ക് തരുന്നു ഞാൻ വായിച്ചോണ്ടിരിക്കൂ എനിക്ക് വിശക്കണു വിശപ്പിനെ കുറിച്ച് മഹാകവികൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ലേഖനം വായിക്കണെന്ന് വെച്ചാൽ എന്താ അർത്ഥം വിശന്നിട്ടില്ലാന്നർത്ഥം അല്ലേ വിശക്കണ സമയത്ത് ഇതൊന്നും പ്രയോജനപ്പെടില്ല ഊണ് തന്നെ വേണം അതുപോലെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വിഷമസ്ഥിതി ഉണ്ടെങ്കിൽ it have reached the zenith of suffering apo shanthi kku vendi yoga avastha kku vendi eeshwaranu vendi aa darshanathinu vendi kedanu padayum adu kandathina vare nikkilla technique onum chodikkilla technique onum chodikana vare tayar aayittilla annu no, aradu ore technique onum chodikkilla pedayum pedanyal aa pedachalil ninnum nammal neendaan padikkum വെള്ളത്തിലെടുത്തിട്ടാ നീന്താൻ പഠിക്കണം പോലെ ആ പെടച്ചിൽ നിന്ന് നീന്താൻ പഠിക്കും സത്യത്തിനെ കണ്ടെത്താനുള്ള വഴി നമ്മൾ കണ്ടെത്തും ഇവിടെ അർജുനന്റെ ഉള്ളിൽ പെടച്ചൽ തുടങ്ങി പെടച്ചൽ തുടങ്ങിയതോടുകൂടെ ഭഗവാനോട് പറയണു ഭഗവാനെ കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മസം യേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ത്വാം പ്രപന്നം വളരെ പ്രധാനമായ ശ്ലോകം ശിഷ്യസ്തേഹം അർജുനൻ സകാവ് എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരു പടി കയറി ശിഷ്യസ്തേഹം ആ വിനയം അത്ര പെട്ടെന്നൊന്നും വരില്ല അല്ലെ ആരുടെ മുമ്പിൽ വേണമെങ്കിൽ താഴാം പക്ഷെ സുഹൃത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ വരില്ല ഭഗവാൻ സുഹൃത്താണ് പക്ഷേ സുഹൃത്ത് എന്നുള്ള ഭാവമേ അർജുനന് ഇത്രകാലം ഉണ്ടായിരുന്നിട്ടുള്ളൂ ഇപ്പോ ഭഗവാനെ അല്പം ഒന്ന് കണ്ടു അർജുനൻ കണ്ടപ്പോ ശിഷ്യ സ്ദേഹം ഭഗവാൻ ബ്രഹ്മവിദ്യ ഉപദേശിച്ചിട്ടല്ല അർജുനൻ ശിഷ്യനായത് കണ്ടപ്പോ തന്നെ മനസ്സിലായി അല്ലെ നാരായണ ഗുരു ഒരിക്കൽ എവിടെയോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ അടുത്തൊരാൾ ഇരിക്കണ്ടായിരുന്നു അത്രേ അപ്പൊ അദ്ദേഹം നാരായണ ഗുരുവിനോട് ചോദിച്ചു എന്താ ജാതി എന്ന് ചോദിച്ചു അപ്പൊ നാരായണ ഗുരു തിരിച്ചു ചോദിച്ചു അത്രേ കണ്ടിട്ട് എന്ത് തോന്നുന്നു അല്ല കണ്ടിട്ട് മനസ്സിലായില്ലേ അതുകൊണ്ടാ ചോദിച്ചത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാ അങ്ങനെ മനസ്സിലാവും കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞു മനസ്സിലാവും അപ്പൊ കണ്ടിട്ട് മനസ്സിലാവും അല്ലേ ഇപ്പൊ ഭഗവാനെ കണ്ടു അർജുനൻ മനസ്സിലാക്കി എവിടെയോ എന്തോ മനസ്സിലാക്കി മനസ്സിലായപ്പോ ശിഷ്യസ്തേഹം അഹം തേ ശിഷ്യ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു തന്റെ കുറവുകളും തനിക്ക് മനസ്സിലായി കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ വളരെ പ്രധാന ശ്ലോകം വേദാന്ത ശ്രവണത്തിന് ആത്മവിദ്യ കേൾക്കാൻ പക്വമാവണമെങ്കിൽ എന്ത് ലക്ഷണം വേണമോ ആ ലക്ഷണം ഈ ശ്ലോകത്തിൽ പറയണം അധികാരിലക്ഷണം അധികാരി ആയാലേ ബ്രഹ്മവിദ്യ പ്രകാശിക്കും അധികാരിണമാശാസ്തേ ഫലസിദ്ധിർ വിശേഷത ഉപായ ദേശകാലാധ്യാ സന്യസ്മിൻ സഹകാരിണ അധികാരിക്ക് ബ്രഹ്മവിദ്യ പ്രകാശിക്കും അല്ലാതെ ഏത് സ്ഥലത്തിൽ ജനിച്ച ആള് ഏത് കാലത്തിൽ ജനിച്ച ആൾ അതൊക്കെ സെക്കൻഡറി ആണ് പ്രധാനമായത് ഈ ജീവൻ പക്വമായോ റെഡിയായോ അത് സ്വീകരിക്കാൻ എങ്കിൽ സത്യം തെളിഞ്ഞു കിട്ടും നാളെ നമ്മളത് കാണാം